ഷിഭ്യയതിനിപ്പാനമചിന്യ വൈഭവം തം നരം വഭുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ലം മഹാ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവ്യാതദേഹാ ദക്ഷിണമൂർത്ത യന്തം നി കരചരണം നാമഗോത്രം നൂത്രം നോ ജാതി വന്ന പുരുഷോ നംസം നീക്കം നൈവാരം നി ജനിമരണം നം പാപം തോ തും സഹജ സമരസം സദ്ഗുരും തം നമാ സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാസ്മദാചാര്യപര്യം വന്ദേ ഗുരുപരം പരാ മൗനവ്യഖ്യകട്രഹ്മം യുവാന വർഷിഷ്ടേവ സദൃശിഗണൈരം ബ്രഹ്മനിഷ ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദമൂർത്തിവാത്മാരാമം ഉദിതം ദക്ഷിണമൂർത്തിമീഡേ വേദന്ഭാസകാ യതയേ ശാൻ സന്യാസി നഗേന്ദ്രസംഗീന്ദ്രവ്യ മോഹധ്വാന്തവാകരാ ഭഗവത്പാദിതേ तस्मै नमोस्तु തസ്മൈ ഭാഷ്യമോസ്തു സൂർണ്യ ബോധാത്മനേ അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണ ഗീരം ചിന്വിഹീനം ഹൃദ ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിർന്നോ ഹം തുക്തിസമയേ സിദ്ധാത്മസദ്ഭാവത കോഹം ഭാവയുക്കു വരധിയ ദൃഷ്ടത്മനിഷ്ടാത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണാൂർണസുധേ കബളിദഘനവിശ്വകരണാവലിയ അരുണാചല പരമാത്മൻ അരുണോഭവ ചിത്തകുവിസായചലസർവം ഭൂ സ്ഥിചിത്രംതയാൃത്യോ തേ വദി ഹൃദയം നാമ അഹമിതി കൂത ആയാദീറ്റന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയ അവഗമ്യ സ്വപം ശാമ്യരുണാ നീവാബ്ധൗ തഷയ ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാ തസ്വാധ്യശ്യതി യോഗി ദീധിതിരുണാചലി മഹീയൻ തേ ർപ്പമനസം പശ്യൻ സർവതിരയാ സതതം ഭജത്തെ അനന്യീ സജയത്രുണാചലവി സുഖേ ഹൃദയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമിതി സാക്ഷാത്മരുപേണ ഭാതി ഹൃദിവിഷമനസാ സ്വ ചിന്വത പവനച്ചലന രുധാത്മനിഷ്ടോണം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചസദേക്ഷുചാണി പിന്നാകണേ കോണത്രയസ്തം കുലദൈവതം നഹം നമാമയാമിേഖാലുന്തളാ ഭസന്ർവാപണസുധാനദീ ചൂടോത്തം സിതന്ദ്രചാരുക്കലി ഛഞ്ജത്ഷി ഭാസ്വരു ലീലാദഗ്ധവിലോലകഫുരൻ അന്തസ്ഫൂർജതപാരമോഹതിര പ്രാഗ്ഭാരമുച്ഛാടയൻ ചേത സദ്മനിഗി വിജയത്തെ ജ്ഞാനപ്രദീപോഹരഹം ശാരദാരജവദുജസ്മാക്കും സിധി സന്നിധിം കിയത് രാകാസമാന കാദാദിരാജസ്തുത वाग्वैभवं नगरी विहार एका മൂകുറുരീകാശവാൈഭവം ശ്രീകാഞ്ചീനഗരീ വിഹാരരസി ശോകാഹന്ത്രീ സേകാ പുണ്യപരംപരാ പശുപത്തെ ആകാരിണീ രാജത്തെ യോന്ത് പ്രവിശ്യമമവാഗമസുപ്ത സഞ്ജീവയഖിലശക്തിധരസ്വധ അനാശഹസ്തരണവണത്ീൻ പ്രാണന്നോ ഭഗവേ പുരുഷാഭ്യം ഹരി ഓ ജന്മാദ്യന്വയാതിതരതശ അർഷു അഭിസ്വരാ ബ്രഹ്മഹൃദി കവ മുഹ്യത്തിയത്സൂരയ തേജോ വരി മൃദാ യഥാ വിനിമയോ എത്രസർഗോ മൃഷാ ധാ സ്വേന സാ നിരസ്തുഹകം സത്യം പരം ധീമഹ കസ്മൈയ വിഭാസിതോയതുലോ ജാന പ്രദീപുരാ തൂപേണ മുനയേ കൃഷ്ണ തദ്രൂപ യോഗീന്ദ്രയ തത്മന്രാത കാരുണ്യ തക്ഷുദ്ധം വിമലം വിശോകമൃതം സത്യം പരം ഭീമഹോജ്ജിതകൈതോത്ര പരമോ നിർമ്മ സതാ വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രമൂലം ശ്രീമദ്ഭാഗവത്തെ മഹാമുനിംവാ പരൈ ഈശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെ പ്രകൃതി ശുശ്രൂഷിവിക്ഷത് നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുത ഭഗവതം രസമാലയം മുഹുരഹോര ഭുവി ഭാവുക്കാ യം പ്രവ്രജന്തേതമപേതകൃത്യം ദ്വൈപാ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാ തറവോഭി തുംഭൂതഹൃദയ മുനിമാനത്തുഭാവമിലശ്രുതിസാരം അധ്യാത്മദീപം അതിർതം തമോന്ധം സംസാരം കരുണയാണഗുഹ്യം താസസോനു മുപ്പമു ഗ ഗുരുമുനീന സച്ചിദൂ വിശ്വോത്പത്തേതേ താപത്രയ വിനാ ശ്രീകൃഷ്ണ വയം നമു കൃഷ്ണ വാസുദേവാ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്യ നമോ നമ കൃഷ്ണ വാസുദേവാകീനന്ദന നന്ദഗോപകുമാമോ നമ നമു പങ്കജനാഭാ നമ പങ്കജമാലി നമ പങ്കജ നേത്രയ നമസ്തേ പങ്കാഘ്രേ പീതംബരം കരവിരാജിത ശക്ോമോദി സരസിജം കരുണാ സമുദ്രം രാധാ സഹായമതിസുന്ദരമന്ദവാതേ ശമനിശം ഹൃദി ഭാവയാ തയക്വാദുസ്ഥരെസിതരാജ്യലക്ഷ്മി ധർമ്മിഷ്ട ആര്യവചസാദരണ്യ മാ ദൈതയെപ്പ്സിതമന്വധാവേ മഹാപുരുഷത്തെ ശരണാരവിന്ദേയം സദാ പരിഭവഗ്നമഭീഷ്ടോഹം തീർസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം ഭർത്തികം പ്രണതപലഭിപോതം വന്ദേ മഹാപുരുഷത്തെ ശരണാരവിന്ദം യാിശം ഭജതി കിം പുരുഷാകർഷ സംസേവി ഹനുമത ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമാദ്ഭുതൂപ രാമാത്മക പരിലസൻ പരിപാടി വിഷ്ണു ഗോപിജീവനസ്മരണ ഗോവിന്ദ ഗോവിന്ദ ജാനകീകാത്തയ ജയ രാമ രാമ ഹര നമ പാർവതീപതേ ഹരഹര മഹാദേവ നിവൃത്തദർശരുപഗീയമാന पुमान ശ്രോത്രമനോഭിരാമാമ്ലോകഗുണാനുവാദ വിരജ്യേത് വിശുഘന ശ്രദ്ധാ ഭക്തി വൈരാഗ്യം स्वानुभवे पुष्टिपड़ी श्रद्धा वैराग्यु श्रद्धव अंदीक्ष वैराग्यमी श्रद्धव വൈരാഗ്യം എങ്ങനെ ഉണ്ടാവുന്നു പരീക്ഷത്തിന് വൈരാഗ്യം ഉണ്ടാവാൻ കാരണം മരണ ഭയം എന്ന് പറഞ്ഞൂട മരണത്തിനെ മുമ്പിൽ കണ്ടു എന്നുവെച്ചാൽ നശ്വതതയെ മുമ്പിൽ കണ്ടു ചിലർക്ക് ദുഃഖം വരുമ്പോ വൈരാഗ്യം വരും കുഞ്ചിദേവി അതാണ് പറഞ്ഞത് ഭഗവാനെ വിപതഹസന്തുനശ്വത് തത്ര തത്ര ജഗദ്ഗുരവും ഭവതോ ദർശനം യഥ്യാദ് അപുനർഭവദർശൻ വിപത്തുകൾ വരുമ്പോ കഷ്ടം വരുമ്പോ ദുഃഖം വരുമ്പോ ദുഃഖിപ്പിക്കുന്നതിന് ദുഃഖിപ്പിക്കുന്ന വസ്തുക്കളുടെ പിടി നമ്മൾ വിടും പിടി വിടാന്ന് വെച്ചാൽ വിശ്വാസത്തിനെ വിടും ദുഃഖിക്കുന്ന വസ്തുക്കളോടുള്ള വിശ്വാസം പോകുമ്പോ വൈരാഗ്യം ഉണ്ടാവും വൈരാഗ്യം ഉണ്ടാകുമ്പോ ശ്രദ്ധ ഉദിക്കും തപസ് ചെയ്യുന്നതും ശ്രദ്ധ ഉണ്ടാവാനാണ് തപസ് ആശ്രദ്ധ ശ്രദ്ധയാമേധാമേധയാ മനീഷാ മനീഷയാ മനോ മനസാശാന്തി ശാന് ചിത്തം ചിത്തെ സ്മൃതിഗ് സ്മൃത്യാ സ്മാരക് സ്മാരേണ വിജ്ഞാനം വിജ്ഞാനേന ആത്മാനം വേദയതി ഉപനിഷ പടിപടിയായി പറഞ്ഞു വരുന്നു തപസാ ശ്രദ്ധ തപസ്സുകൊണ്ട് ശ്രദ്ധ ശ്രദ്ധ എല്ലാവരുടെ ഉള്ളിലുമുണ്ട് യാദൃശി യാദൃശി ശ്രദ്ധ സിദ്ധിർഭവതി താദൃശി അവരവർക്ക് ഏതേത് വിഷയങ്ങളിൽ ആസക്തി ഉണ്ടോ അതാത് വിഷയങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവും വാസന എവിടെ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ശ്രദ്ധ ഉണ്ടാവും പക്ഷെ ആ ശ്രദ്ധ ആത്മാഭിമുഖമായിട്ട് തന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ അറിയാനായിക്കൊണ്ട് ഭഗവാനെ അറിയാനായിക്കൊണ്ട് ആ ശ്രദ്ധ സംശുദ്ധമായി ജഡത്തിന്റെ പിടിവിട്ട് ശുദ്ധമായിട്ട് തീരുന്ന തീരണമെങ്കിൽ വൈരാഗ്യം ഉണ്ടാവണം സമൃദ്ധമായി സുഖസാമഗ്രികളൊക്കെ അനുഭവിച്ചുകൊണ്ട് എല്ലാം കിട്ടുന്നുണ്ട് ഈ ലോകത്തിൽ വേണ്ട എനിക്ക് വേണ്ടതൊക്കെ കിട്ടുന്നുണ്ട് എന്നിരിക്കുമ്പോ അധികമായിട്ടും ശ്രദ്ധ ഉദിക്കില്ല അധ്യാത്മ വിഷയത്തിന് ഉദിക്കുമായിരിക്കും എന്താ ഇനി കുറച്ചുകൂടെ അറിവ് ശേഖരിക്കാം ഈ പ്രഭാഷണത്തിനും വല്ലതും കിട്ടുമോ നോക്കാം വിൽ മേക്ക് നോട്ട്സ് ഒക്കെ എഴുതി വയ്ക്കും വേറെ ആർക്കെങ്കിലും കൊടുക്കും അത് ശ്രദ്ധയല്ല ശ്രദ്ധ കേൾക്കുമ്പോ തന്നെ സദ്യോഹൃതി അവരുദ്ധ്യതേത്ര കൃതി ശുശ്രൂഷ വിസ്തക്ഷണാത് ഭഗവത് ആരംഭിക്കുമ്പോഴേ പറഞ്ഞു കേൾക്കുമ്പോഴേ ഒരേ ഒരു പ്രാവശ്യം കേട്ടാൽ മതി ഭഗവത് അനുഭവം ഉണ്ടാവും ഭഗവത് അനുഭവം ഉണ്ടാവും അല്ലാതെ കേട്ടിട്ട് മനനം നിതിധ്യാസനം പോലും വേണ്ട മനനനിധിധ്യാസനങ്ങൾ ചെയ്യുമ്പോ പോലും ശ്രദ്ധ പൂർണ്ണമായില്ല എന്നർത്ഥം കേൾക്കണ ക്ഷണത്തിൽ സദ്യഹാഹൃതി അവരുദ്ധ്യത എത്ര കൃതിഭേ ആചാര്യൻ പറയുന്നു കേൾക്കുമ്പോ അഹമസ്മി ശ്രീശുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു ഒരേ ഒരു സപ്താഹമേ പരീക്ഷത്ത് കേട്ടുള്ളൂ നമ്മൾ എത്ര സപ്താഹം കേൾക്കണമല്ലേ എന്നിട്ടും ഭാഗവതം മനസ്സിലായില്ല അനുഭവത്തിന് വന്നില്ല പരീക്ഷിച്ച് ഒരേ ഒരു സപ്താഹമേ കേട്ടിട്ടുള്ളൂ ഒരു പക്ഷേ ശ്ലോകമൊക്കെ ചോദിച്ചാൽ പരീക്ഷത്തിന് പറയാൻ പറ്റില്ല പക്ഷേ സിദ്ധോസ്മി അനുഗ്രഹീത്തോസ്മി ഭവതാ കരുണാത്മന ഒരേ ഒരു ഭാഗവത പ്രഭാഷണം പറഞ്ഞു കൊടുത്താളോ യ സ്വാനുഭാവം അഖിലശ്രുതിസാരമേക്കം തന്റെ അനുഭൂതിയിൽ ഇരുന്നു കൊണ്ട് ശ്രീസുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിനോട് പറഞ്ഞു രാജാവേ അങ്ങയ്ക്ക് മരണമില്ല മരണം എന്നുള്ളത് വെറും കള്ളക്കഥ അവിടുത്തേക്ക് മരണമില്ല അങ് ഈ ശരീരം ആണ് ഞാൻ എന്ന് ധരിക്കുകയാണെങ്കിൽ മരിച്ചു പോവും തക്ഷകൻ കൊണ്ടുപോകും ഈ ശരീരത്തിന് ത്വംതുരാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി ഭാഗവതത്തിന്റെ അവസാനം വെച്ചുകൊണ്ട് തന്നെ ആരംഭിക്കാം രാജാവെ അവിടുന്ന് മരിക്കും എന്നുള്ള ഈ മഠയത്തരം ഉപേക്ഷിക്കൂ ശരീരത്തിന്റെ കൂടെ മരണമുണ്ട് അത് ആർക്കും ഉപേക്ഷിക്കാൻ രമണ മഹർഷി ഒരിടത്ത് പറയുന്നു ബോഡി ഇസ് അനദർ നെയിം ഫോർ ഡെത്ത് പക്ഷെ അതോടുകൂടെ നിർത്തിയില്ല അടുത്ത ലൈൻ ഭഗവാൻ പറഞ്ഞു ദാറ്റ് വിച്ച് ഈസ് ഇൻ യു എസ് ഐ ഇസ് അനദർ നെയിം ഫോർ ഇമോർട്ടാലിറ്റി അഹം എന്നുള്ള അനുഭവമുണ്ടല്ലോ അനുഭവം അമൃതമാണ് നമ്മളുടെ അനുഭൂതിയിലൊക്കെ അതുകൊണ്ട് മരിക്കും എന്നുള്ള ഒരു പ്രതീതിയും മരിക്കില്ല എന്നുള്ള ഒരു അനുഭവവും കൂടി കുഴഞ്ഞിരിക്കും എല്ലാവർക്കും ഉണ്ടത് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ ഇവിടെ പ്രഭാഷണത്തിൽ നമ്മളൊക്കെ മരിച്ചു പോവും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു മണിക്കൂർ പ്രഭാഷണം ചെയ്താൽ അല്പം ഒരു പേടിയും പിന്നെ ഇവിടുന്ന് പോയി വീട്ടിലെത്തുമ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഭയമൊക്കെ പോവുകയും ചെയ്യും എല്ലാവർക്കും ഉള്ള അനുഭൂതിയാണത് അതായത് മരണഭയം ഒരു വശത്തുണ്ട് മരണമില്ലായ്മയുടെ അനുഭൂതി അതിനെ അങ്ങോട്ട് തള്ളി മാറ്റും എല്ലാവർക്കും ഉണ്ട് ഈ ഭയം എവിടുന്ന് വരുന്നു പിന്നെ ഈ ഭയം ഇല്ലായ്മ എവിടുന്ന് വരുന്നു വാസ്തവത്തിൽ മരണഭയം ഉണ്ടെങ്കിൽ ഭയം വിട്ടുപോവാനേ പാടില്ല നമുക്ക് ഒരു മരണഭയം പിടികൂടുന്നു മറ്റൊരു തൊണ്ണൂറ്റി ഒമ്പത് വയസ്സായ ആളാണെങ്കിലും നൂറ് വയസ്സാളായ ആളാണെങ്കിലും മരണത്തിനൊന്നും ചിന്തിക്കുന്നില്ല എന്താന്ന് വെച്ചാൽ അകമയ്ക്ക് മരണമില്ലായ്മയുടെ ഒരു അനുഭൂതിയും പേറിക്കൊണ്ട് നമ്മളൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ അപ്പോ നമ്മളുടെ ശ്രദ്ധ ശരീരത്തിലേക്ക് വരുമ്പോ മരിക്കും എന്നുള്ള ഭയം തോന്നും ശരീരത്തിനോട് സംബന്ധപ്പെടുമ്പോ മരിക്കും എന്നുള്ള ഭയവും ശരീരത്തിനോട് വാസ്തവത്തിൽ അധിക സമയവും നമ്മൾ ശരീരത്തിനോട് സംബന്ധപ്പെടാതെയാണ് ഇരിക്കുന്നത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണില്ല അത്രയേ ഉള്ളൂ ഇപ്പൊ സ്വാമി പറഞ്ഞുവല്ലോ ശ്രദ്ധ ജ്ഞാനത്തിന് ശ്രദ്ധയാണ് മുഖ്യം സാധന പോലുമല്ല സാധനയൊക്കെ തന്നെ ഈ ശ്രദ്ധയെ ഉണർത്താനാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഭഗവാൻ പറഞ്ഞു അല്ലാതെ സാധനാവാൻ ലഭതേ ജ്ഞാനം എന്നല്ല കാരണം സാധന ചെയ്ത് ഇവിടെ നേടേണ്ടതൊന്നുമില്ല നമുക്ക് വസ്തു കിട്ടിയിരിക്കുന്നു ഭഗവാൻ നമുക്ക് ലബ്ധ വസ്തുവാണ് കിട്ടിയിട്ടുള്ള വസ്തുവാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പറയണോ എന്ന് വെച്ചാൽ ഭഗവാനാണ് പറയണത് നിങ്ങളിവിടെ ഇരുന്ന് കേൾക്കണോ വെച്ചാൽ ഭഗവാനാണ് കേൾക്കണത് യോ അന്തഃപ്രവിശ്യ മമവാതഭിമാം പ്രസുത്താം സഞ്ജീവയതീ അന്യാംശ ഹസ്തചരണ ശ്രവണത്വഗാദീം ശ്രവണം ഉള്ളിലിരുന്ന് കേൾക്കണത് ഭഗവാനാണ് പറയണത് ഭഗവാനാണ് ഭഗവാനെ എവിടെ അന്വേഷിക്കും ഏത് സ്ഥലത്ത് അന്വേഷിക്കും നീ പുതിയതായിട്ട് എവിടെ ഭഗവാൻ കിട്ടാൻ പോകുന്നു ഭകണ്ടാനന്ദ സ്വാമിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഭഗണ്ടാന സ്വാമി ഭാഗവതത്തിന് വ്യാഖ്യാനം എഴുതിയ ഒരു മഹാത്മാവാണ് അദ്ദേഹം ഒരു ശ്ലോകം എഴുതി സ്വതന്ത്രമായി അദ്ദേഹത്തിന്റെ ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് അതിലദ്ദേഹം പറഞ്ഞു നിങ്ങൾ എവിടെയാ വൈകുണ്ഠത്തിന് അന്വേഷിച്ച് നടക്കണതാണ് നിങ്ങൾ എവിടെയാ സമാധിയെ അന്വേഷിച്ച് നടക്കണത്താണ് ഈ സമാധിം വൈകുണ്ഠത്തിനെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് വെറും മഠേതരമാണ് വൈകുണ്ഠ കൃഷ്ട്രവണപഥതസ്വപനവത് ഭാതി ചിത് തൃത്തിനും നിരോധസഹജയവത്തോ വമോദ്രത്യക്തം തതിദം അഹം അഹം ഇതി ബ്രഹ്മപൂർണത് പൂർണാനന്ദോപദേശോ ദിശി വിദിശി സദാ മംഗളം ദേദിശീതു ഈ പൂർണ്ണാനന്ദത്തിന് ഏകുന്ന ഈ ഉപദേശം അഥവാ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ഉപദേശം ജഗത്തിന് മുഴുവൻ മംഗളത്തിന് കൊടുക്കട്ടെ എന്ന് എന്താ ഉപദേശം എന്ന് വെച്ചാൽ വൈകുണ്ഠത്തിന് ആര് കണ്ടു അഥവാ വൈകുണ്ഠത്തിനെ വർണ്ണിച്ച് കേട്ടാലും ശ്രവണപഥകത ചെവിയിലൂടെ ചെന്നിട്ട് മനസ്സിൽ നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ ഭാവന ചെയ്യും അത്രയുള്ളൂ സ്വപ്നവത്ഭാതി ചിത്തെ ഇനിയിപ്പോ ഈ സമാധി എന്ന് പറയുന്നുണ്ടല്ലോ യോഗികൾ സഹജശയനവത്തത്രകോവാ പ്രമോദാണ് സുഷുദ്ധിയിൽ കുറച്ചു നേരത്തേക്ക് ഉറങ്ങി പിന്നെ എഴുന്നേറ്റു അതുപോലെ കുറച്ചു നേരം ഞാൻ സമാധി സ്ഥിതനായി പിന്നെ എഴുന്നേറ്റു എന്ന് വെച്ചാൽ ആ സമാധിയെ എങ്ങനെ വിശ്വസിക്കും ഈ വന്നിട്ട് പോകുന്ന അവസ്ഥ പ്രാപ്രത്യക്ഭാവമുക്തം വരികയും പോവുകയും ചെയ്യാതെ ഉള്ള് പുറം എന്നുള്ള ഭേദമില്ലാതെ മുമ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഉണ്ടായി എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ എപ്പോഴും എല്ലാവരുടെയും അനുഭവത്തില് ഞാനുണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എന്നുള്ള അഹം അഹം അഹം എന്നുള്ള അനുഭവസ്വരൂപമായി പ്രകാശിക്കുന്ന യാതൊരു ബ്രഹ്മമുണ്ടോ അത് തന്നെ പൂർണ്ണ വസ്തു അതിനെ ശ്രദ്ധിക്കണില്ലേ അത്രയുള്ളൂ കഴുത്തിൽ കിടക്കുന്ന മാലയെ ശ്രദ്ധിക്കാത്ത പോലെ മൂക്കത്ത് വെച്ച കണ്ണാടിയെ ശ്രദ്ധിക്കാത്ത പോലെ അല്ലെ മൂക്കത്ത് കണ്ണാടി വെച്ച് കണ്ണാടി അന്വേഷിക്കും ആ കണ്ണാടിയിലൂടെ തന്നെ കണ്ണാടിയെ തെരയും അതുപോലെ ഈ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ എവിടെ ഭഗവാൻ എവിടെ ചോദിക്കും അരുണാധല അഷ്ടകം എന്ന് പറഞ്ഞ് രമണ മഹർഷിയുടെ ഒരു കൃതി അതില് ഇപ്പൊ പാലക്കാട്ടില് അതിന്റെ പ്രഭാഷണം കഴിഞ്ഞ് വരിക അതിനാണ് അതില് മഹർഷി പറയണു നമ്മള് ഭഗവാനെ അന്വേഷിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇരുട്ടിനൈ വിളക്കെടുത്ത് അടുത്തിടലേ കാൺ ഇരുന്തൊളിർ ഉണൈവിടുത്ത് അടുത്തിടൽ ദൈവം ഇരുട്ടിനൈ വിളക്കെടുത്ത് അടുത്തിടലേ കാൺ ഹേ അരുണാചല ഓരോരുത്തരുടെ ഹൃദയത്തിലും ഇരുന്ത് ഒളിർ അദ്ദേഹം ഭഗവാൻ ഒരു പേര് കൊടുത്തു നമ്മുടെ സച്ചിദാനന്ദം എന്ന് പറയുന്നതിന് ഇരുന്ത് ഒളിർ ഇരിക്കുന്നു ഉണ്ട് എന്നുള്ള അനുഭവം ഞാൻ ഉണ്ട് ഞാൻ പ്രപഞ്ചത്തിനെ കാണുന്നു എനിക്കെന്നിൽ പ്രിയമുണ്ട് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ സ്വരൂപത്തിൽ പ്രകാശിക്കുന്നതായ ആ വസ്തുവിനെ വിട്ടിട്ട് പുറത്തൊരു ഈശ്വരനെ അന്വേഷിക്കുന്നത് വെച്ചാൽ ഈശ്വരൻ എവിടെ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നത് അഥവാ പ്രപഞ്ചത്തിന് ഒരു പരമകാരണത്തിനെ അന്വേഷിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വിളക്കെടുത്തുകൊണ്ട് ഒരാൾ ഇരുട്ടിനെ കാണാനായിട്ട് ഓടി നടക്കുക ഇരുട്ട് എന്നുള്ളതൊന്നുണ്ട് ഒന്ന് കാണട്ടെ ജ്ഞാനേശ്വരൻ ഇതേ ഉദാഹരണം ഉപയോഗിക്കേണ്ട അമൃതാനുഭവത്തിൽ സൂര്യന്റെ അടുത്ത് ഇരുട്ടിനെ കുറിച്ച് പ്രസംഗം ചെയ്താൽ സൂര്യന് മനസ്സിലാവുമോ സൂര്യനോട് പറയുകയാണ് ഇരുട്ടിനെ കുറിച്ച് പ്രസംഗം ചെയ്തു അപ്പൊ സൂര്യൻ ചോദിക്കുക എന്താ ഇരുട്ട് അങ്ങ് കാര്യം ചെയ്യ ഏഴു മണി വേറെ നിൽക്കൂ അപ്പൊ ഇരുട്ടിനെ കാണാം സൂര്യന് കാണാനൊക്കോ ഇരുട്ടിനെ അതേപോലെ ആത്മാവിന് അജ്ഞാനം ആത്മാവിന് ദുഃഖം മൃത്യു എന്നുള്ളത് സത്യമല്ല നമ്മളുടെ ഉള്ളിൽ പൂർണ്ണ വസ്തു നമ്മളുടെ സ്വസ്വരൂപമായി സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ ശ്രദ്ധ തീക്ഷണമാണെങ്കിൽ ശുദ്ധമാണെങ്കിൽ കേൾക്കുന്ന ക്ഷണത്തിന് അനുഭവം ചിലപ്പോ വിട്ടുപോകും അത് പക്ഷെ വിട്ടുപോയാ പലരും സത്സംഗത്തിൽ പറയും കേൾക്കുമ്പോ അവിടെ തന്നെ ഇരിക്കണം അവിടുത്തെ അപ്പൊ കേൾക്കുമ്പോ ഉണ്ടല്ലോ അത് മതി പിന്നെ മനസ്സുകൊണ്ട് അതിനെ പിടിക്കാൻ ശ്രമിക്കേണ്ട സാധ്യമല്ല കേൾക്കുമ്പോ ഉണ്ടെങ്കിൽ അത് അത് കഴിഞ്ഞ് പോകുമ്പോൾ പോട്ടെ പക്ഷെ ഈ കേൾക്കുമ്പോ ഉണ്ടാവുന്നത് ഒരു സംസ്കാരത്തിന് ഉണ്ടാക്കും പതുക്കെ പതുക്കെ അനുഭവം തെളിഞ്ഞു വരും നമ്മൾ പരീക്ഷത്തിനെ പോലെ തീവ്ര വൈരാഗ്യത്തോടുകൂടെ കേൾക്കാനിരിക്കുകയാണെങ്കിൽ ഒരേ ഒരു പ്രാവശ്യം കേട്ടാമതി ഒരേ ഒരു പ്രാവശ്യം കേട്ടാമതി വസ്തുവിൽ ഇരിക്കും ദൃഢപ്രതിഷ്ഠിതരായിട്ട് തീരും അതിന് പരീക്ഷത്തിന് ഒരു കാരണമുണ്ടായി അതിതീവ്രമായ വൈരാഗ്യം ഏഴാമത്തെ ദിവസം മരണം എന്ന് മുമ്പിൽ കണ്ടു നമ്മളൊന്നും അങ്ങനെ ഭാഗ്യം ചെയ്തില്ലല്ലോ ജ്യോതിഷ്യന്മാരാരെങ്കിലുമൊക്കെ പറഞ്ഞാൽ വേണ്ടില്ല ഇന്നേ ദിവസം മരണം പരീക്ഷത്തിന് ഏഴ് ദിവസം മരണം വരില്ല നമുക്ക് എപ്പോ വേണമെങ്കിലും വരാം എന്നിട്ടും ഭയമൊന്നുമില്ല ഈ വൈരാഗ്യം ശ്രദ്ധയെ ഉണർത്തും ശ്രദ്ധ ഉണർന്നാൽ ശ്രദ്ധ എന്ന് പറയണത് നമ്മളുടെ തന്നെ സ്വരൂപത്തിന്റെ തന്നെ ശക്തിയാണ് ശ്രദ്ധ മനസ്സിന്റെ ഒരു ശക്തിയല്ല ശ്രദ്ധ എന്ന് പറയണത് ഒരു ദൂരത്ത് ഒരു മുറിയിൽ വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുട്ടത്ത് നമ്മൾ ഒരു കാട്ടിൽ കുടുങ്ങി ആ വാതിലുള്ള ദ്വാരത്തിലൂടെ ആ വെളിച്ചം വരുന്നു നമ്മൾ ആ വെളിച്ചത്തിനെ പിന്തുടർന്ന് ചെന്ന് ആ വീട് കണ്ടുപിടിക്കുന്ന പോലെ യഥാർത്ഥത്തിൽ ആ വിളക്കിന്റെ അടുത്തേക്ക് ഇപ്പൊ നമ്മളെ ആര് കൂട്ടിക്കൊണ്ടുപോയി വിളക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി വിളക്കിന്റെ ഒരു കിരണം കൂട്ടിക്കൊണ്ടുപോയി അതേപോലെ ശ്രദ്ധ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അന്തര്യാമിയിൽ നിന്ന് തന്നെ വരുന്ന ശക്തിയാണ് അനുഭവത്തിൽ നിന്നാണ് ശ്രദ്ധ ഉണ്ടാവുക പക്ഷേ തെളിഞ്ഞ അനുഭവമല്ല തെളിഞ്ഞ അനുഭവമാണെങ്കിൽ ശ്രദ്ധ തന്നെ പൂർണ്ണമായി ശ്രദ്ധ ഉണ്ടാവുമ്പോ ഈ ഭഗവത്തത്വം കേൾക്കണം വേദാന്തം കേൾക്കണം സ്വാനുഭവത്തിൽ വരണം എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവും പരീക്ഷത്തിന് ദൃഢനിശ്ചയം ഉണ്ടായി पत् स्कंध भागवत कत स्कंध श्रीमद्भागवत श्रवण चे पाते स्कंध मुक्ति स्कंध कह प्रवश्यम निमवयोगि संवाद अद्य भाग कवयोग ओरोर വസുദേവർക്ക് ബ്രഹ്മതത്വം ഉപദേശിച്ചു ഇത്രയും ഉപദേശിക്കുകയും ചെയ്തിട്ട് വസുദേവർ നാരദനിൽ നിന്ന് കേട്ടു നവയോഗികൾ ഓരോരുത്തരായി നിമിചക്രവർത്തിക്ക് നിമിരാജാവിന് ഉപദേശിച്ചത് ജനകന് ഉപദേശിച്ചത് കവി ഹരി അന്തരിക്ഷൻ പ്രബുദ്ധൻ പിപ്പലായണൻ ആവിർഹോത്രൻ ദ്രുമിളൻ ചമസൻ കരഭാചൻ അതെ വിസ്തരിച്ച് കഴിഞ്ഞ പ്രാവശ്യം കണ്ടു ഇപ്പൊ അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ശ്രീ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്നതാണ് ഇനി വരാൻ പോകുന്നത് ഉദ്ധവഗീത ഇതിന് ആരംഭം മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞു ഇത് ഭാരതത്തിലുള്ള കഥയാണ് ഭാഗവതത്തിലുള്ള കഥയല്ല മഹാഭാരത യുദ്ധം കഴിഞ്ഞ് കൗരവന്മാരൊക്കെ ഇങ്ങനെ മരിച്ചു കിടക്കാണ് ഗാന്ധാരി കുരുക്ഷേത്ര ഭൂമിയിലേക്ക് വരുന്നു ധർമ്മപുത്ര മഹാരാജാവ് യുധിഷ്ഠിരൻ ഗാന്ധാരി അമ്മയെ ചെന്ന് നമസ്കരിക്കാനായിട്ട് മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോ ഭഗവാൻ ചെന്ന് കൈപിടിച്ചു ധർമ്മപുത്രരോട് പറഞ്ഞു അവിടെ നിൽക്കാം ഇപ്പൊ ഞാൻ പോയിട്ട് വരാം ധർമ്മപുത്രരെ മാറ്റി നിർത്തി ശ്രീകൃഷ്ണ ഭഗവാൻ ഗാന്ധാരിയുടെ അടുത്തേക്ക് ചെന്നു കാൽ ഒച്ചപ്പാട് കേട്ടപ്പോ ഗാന്ധാരി ചോദിച്ചു ആരാ വരുന്നത് ആ ശബ്ദം തന്നെ കോപമുണ്ടത് ആരാ വരണത് ഭഗവാൻ വളരെ മധുരമായിട്ട് പറഞ്ഞു അമ്മയെ വാസുദേവ കൃഷ്ണനാണ് വരുന്നത് ഗാന്ധാരി പറഞ്ഞു ഹേ വാസുദേവ ഈ ഭയങ്കരമായ കുരുക്ഷേത്ര യുദ്ധത്തിന് മുഴുവൻ താങ്കളെ ഞാൻ ചുമതലക്കാരനാക്കുന്നു ഈ യുദ്ധം മുഴുവൻ നടന്നത് താങ്കൾ കാരണമാണ് ഭഗവാൻ ഒന്നുമുണ്ടിരുന്നില്ല അങ്ങ് വെറുതെ ഒരു വേഷം കെട്ടി ശാന്തിയുടെ ദൂതനായിട്ട് കൗരവ സഭയിലേക്ക് വന്നു പക്ഷെ അങ്ങ് വെറും കപടനാണ് അങ്ങ് ശാന്തിക്കായിട്ട് വന്നതല്ല അങ്ങ് ഈ യുദ്ധം ഉണ്ടാക്കാൻ നിശ്ചയിച്ചിട്ട് തന്നെയാണ് കൗരവ സഭയിലേക്ക് വന്നത് അങ്ങ് വിചാരിച്ചാൽ ഈ യുദ്ധം മുൻപിൽ തന്നെ നിർത്താമായിരുന്നു അങ്ങ് നിർത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല ഗാന്ധാരി പറയുന്നു ഞാൻ പിന്നീട് കേട്ടു അങ്ങ് ശാന്തിയുടെ ദൂതനായിട്ട് പുറപ്പെടുമ്പോ ദ്രൗപതി അഴിച്ചിട്ട തന്റെ തലമുടി കാണിച്ചുകൊണ്ട് ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ അങ്ങ് പോയി ശാന്തി വന്നാൽ ഈ തലമുടി എന്താവും ഭഗവാൻ പറഞ്ഞു ദ്രൗപതി പേടിക്കേണ്ട നീ കൃഷ്ണ ഞാൻ കൃഷ്ണൻ ഈ ഗാന്ഡീപം വെച്ചിരിക്കുന്ന അർജുനനും ഒരു കൃഷ്ണൻ നമ്മൾ മൂന്ന് പേരും ഒരു ഉദ്ദേശത്തോടുകൂടെ ജനിച്ചവരാണ് ഈ യുദ്ധം ഉണ്ടായിട്ടേ ഇരിക്കുക ഇതാരും നിർത്താൻ സാധ്യമല്ല അതുകൊണ്ട് ഈ യുദ്ധം ഞാൻ പോയതുകൊണ്ട് യുദ്ധം നടക്കില്ല എന്ന് വിചാരിക്കേണ്ട നിശ്ചയമായിട്ട് ഇത് നടക്കും ഇതാരെ കൊണ്ട് മാറ്റാൻ സാധ്യമല്ല അതുകൊണ്ട് ഭയപ്പെടേണ്ട ഈ യുദ്ധം നടക്കും എന്ന് ഭഗവാൻ ദ്രൗപതിക്ക് വാക്കുകൊടുത്തിട്ടാണ് ശാന്തിദൂതനായിട്ട് ചെല്ലണത് ഇത് വെച്ചുകൊണ്ട് തന്നെ ഗാന്ധാരി ഭഗവാനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ് അവിടുന്ന് ഇങ്ങനെ വാക്കുകൊടുത്താണ് വന്നതെന്ന് ഞാൻ കേട്ടു ധൃതരാഷ്ട്രരോട് ചെന്ന് ഭഗവാൻ ശാന്തിദൂതനായിട്ട് ചെന്ന് പറയുമ്പോ അതിനു മുമ്പ് ഉദ്ധവരെ ഒരിക്കൽ അയച്ചു പാണ്ഡവരോട് രമ്യത്തിലാവാനായിട്ട് ഒരു ഉപദേശവുമായിട്ട് ധൃതരാഷ്ട്ര പറഞ്ഞു നിങ്ങൾ പറയണതൊക്കെ കേൾക്കുമ്പോ ഇവര് ചണ്ടകൂടിയാൽ ഞങ്ങളുടെ വംശം നശിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ യുദ്ധം പാടില്ല എന്നും തോന്നുന്നുണ്ട് പക്ഷേ എന്തോ ഒന്ന് എന്നെ ദുര്യോധനയെ പിടിച്ചു നിർത്താൻ സമ്മതിക്കുന്നില്ല ഈ ചൂതുകളി പിൻവലിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എനിക്കിപ്പോ ഒരു കാര്യമേ എത്ര ഉപദേശങ്ങൾ ഞാൻ കേട്ടു ഞാൻ കേട്ട എത്ര പ്രഭാഷണം വേറെ ആരും കേട്ടിട്ടുണ്ടാവില്ല അത്രയധികം പ്രഭാഷണം കേട്ടിട്ടുള്ള ആളാ സനത് സുജാത് മഹർഷിയൊക്കെ ഒന്നും എന്നിട്ടും രക്ഷയില്ല ധർമ്മപുത്ര ധതരാഷ്ട്രരുടെ ഒരു പ്രസിദ്ധ ശ്ലോകമാണ് ഭാഗവതത്തിൽ യോ ദുർവിമർശപതയാ നിജമായേതം സൃഷ്ട ഗുണാൻ വിഭജത്തെ തദനുപ്രവിഷ്ടസ്മൈനമോ ദുരവോധ വിഹാര തന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായ അദ്ഭുതമായ ശ്ലോകം ധൃതരാഷ്ട്ര പറയാണ് ഈ ഭഗവാന്റെ മായ പ്രവർത്തിക്കുന്നത് ആർക്ക് നിശ്ചയിക്കാൻ നോക്കും എന്റെ ബുദ്ധിക്ക് മനസ്സിലാവണം ഈ ചെയ്യണതൊന്നും ശരിയല്ല പക്ഷേ എനിക്കിത് തടസ്സം ചെയ്യാൻ പറ്റണില്ല എനിക്കതിനുള്ള ബലം കിട്ടണില്ല യോ ദുർവിമർശയാ നിജമായ ഏതും സൃഷ്ടിവാ ഗുണാന് വിഭജതേ തദനുപ്രവിഷ്ഠ ഭഗവാൻ ഗുണങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് ഈ വിമർശനം ചെയ്ത അനലൈസ് ചെയ്ത് വിചാരം ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മളുടെ ഒക്കെ സംസാര ജീവിതത്തിനെ ചുഴച്ചിക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ തസ്മൈ നമോ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഭഗവാന് നമസ്കരിക്കാനേ പറ്റുള്ളൂ തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്ര ഗതകെ പരമേശ്വരായ അറിയാൻ വളരെയധികം വിഷമമുള്ളതായ സംസാരചക്രത്തിനെ ചുഴറ്റുന്ന ഒരു പ്രത്യേക പദ്ധതിയും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആ പരമേശ്വരനെ നമസ്കരിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഞാൻ വിചാരിച്ചിട്ടൊന്നും ഇപ്പൊ ദുര്യോധനനെ തിരുത്താനോ യുദ്ധം നിർത്താനോ ഒന്നും അയ്യാം ഇതൊക്കെ ഓർമ്മ വെച്ചുകൊണ്ട് ഗാന്ധാരി പറയണു ഭഗവാനോട് കൃഷ്ണ നീ ആണ് ഈ ദുരവബോധ വിഹാരതന്ത്രൻ നീ സഞ്ചരിച്ച് ഇവരെ കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് നീ കാലപുരുഷനാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം നീ ഒരുപക്ഷേ ഈശ്വരനായിരിക്കാം എന്നാലും എനിക്ക് വേണ്ടില്ല നൂറ്റി ഒന്ന് മക്കളെ പ്രസവിച്ച് നൂറു മക്കളെ ബലി കൊടുത്ത് നിൽക്കുന്ന ഒരു അമ്മയാണ് ഞാൻ എന്റെ നൂറു മക്കൾ മരിച്ചു കിടക്കുന്നത് പോട്ടെ ഇതിന് ഞാൻ ഒരു വശം വിട്ടുപോയി ഗാന്ധാരി ആദ്യമല്ല ഈ പറയണത് ഭഗവാൻ അടക്കി പിടിച്ചു ഗാന്ധാരി ഭഗവാൻ വന്നപ്പോ ഞാൻ വാസുദേവ കൃഷ്ണനാണെന്ന് പറഞ്ഞപ്പോ ഗാന്ധാരി അടക്കി പിടിച്ചു ഭഗവാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗാന്ധാരിയെ കൂട്ടിക്കൊണ്ടു ചെന്ന് അമ്മ ഇത് ആ ദുര്യോധനൻ കിടക്കണം ദുര്യോധനന്റെ കാലിൽ തുടയ്ക്ക് ഭീമൻ അടിച്ചു പൊളിച്ചിട്ട് ഇതായിട്ടിരിക്കും അടുത്താളുടെ അടുത്ത് ചെന്ന് കിടക്കണം ദുശാസനന്റെ നെഞ്ചു വളർന്ന് ഭീമൻ രക്തം കുടിച്ചിട്ടു ഇങ്ങനെ നൂറുപേരെ കാണിച്ചു കൊടുത്ത അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടാവും കോപിക്കാത്തവർ പോലും കോപിക്കും ഇളക്കി ഇളക്കി ഇളക്കി ഇളക്കി അവസാനം അഭിമന്യുവിന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തുകയാണ് ഇതാ എല്ലാരും കൂടെ കൊന്ന് ഈ കുട്ടി ഇത് അവിടെ കടക്കുന്നു എന്ന് തന്റെ മക്കൾ മരിച്ചപ്പോ അല്ല ഈ അഭിമന്യുവിന്റെ അടുത്ത് ഗാന്ധാരി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഭഗവാനോട് പറയണത് കൃഷ്ണ തനിക്ക് ഈ കുട്ടിയെങ്കിലും രക്ഷിക്കായിരുന്നു കൗരവ വംശത്തിനും പാണ്ഡവ തമ്മിലുള്ള ഒരേ സന്താനം ഈ കുട്ടിയെങ്കിലും രക്ഷിക്കാമായിരുന്നു ആ സമയം വേണമെന്ന് വെച്ച് താൻ അർജുനനെ യുദ്ധഭൂമിയിൽ നിന്നും അകച്ചിക്കൊണ്ടുപോയി താൻ നിശ്ചയിച്ചിട്ടാണ് ഇവരെ മുഴുവൻ വധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതാ ശപിക്കണു ഇന്നയ്ക്ക് മുപ്പത്തിയാറ് വർഷം തികയുമ്പോ എന്തിനാ ഈ കാലയളവെന്ന് വെച്ചാൽ മുപ്പത്തിയാറ് വർഷം കഴിഞ്ഞാൽ അങ്ങനെ നടക്കാനുണ്ട് അത് മുൻകൂട്ടി പ്രഡിക്ഷൻ അത്രയേ ഉള്ളൂ വർഷം തികയുമ്പോ ഇതേപോലെ നീ വളർത്തിക്കൊണ്ടുവന്ന യാദവ വംശം പരസ്പരം തല്ലി മരിക്കും ജഗത്ത് മുഴുവൻ നടുങ്ങി വിറച്ചു ഭഗവാൻ ഉറക്കെ ചിരിച്ചു അത്രയും രാസഭഗവാൻ പറയണു കാലപുരുഷന്റെ മഹാഹാസം എന്താന്ന് വെച്ചാൽ തന്നെ ഞാൻ തന്നെയാണ് ഈ ശവിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ് വൃത്രൻ പറഞ്ഞു ഭാഗവതത്തിൽ പാർവതി ശപിച്ചപ്പോ ഗുണപ്രവാഹ ഏതസ്മിൻ ശാപ കൊന്നു അനുഗ്രഹ എന്നാണ് ഈ മായ പ്രപഞ്ചത്തിൽ എന്ത് ശാപം എന്ത് അനുഗ്രഹം ഭഗവാൻ തിരിച്ചു അത്രയും കഴിഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിയിട്ട് ധർമ്മപുത്രരോട് പറഞ്ഞു ഇനി വന്നോളൂ എന്നാണ് ഈ ഡൈനാമോ കാലിയായി കഴിഞ്ഞു ബാറ്ററി കാലി ഇനി അല്ലെങ്കിൽ താങ്കളെ കൊണ്ട് സഹിക്കില്ല ഇനി വന്നോള എന്നാണ് ഇതാദ്യത്തെ ശാപം രണ്ടാമത്തെ ശാപം ഏകാദശം ആരംഭിക്കുമ്പോ യാദവ പിള്ളാരൊക്കെ കൂടെ ഒരു തോന്നിയവാസം കാണിച്ചു യാദവന്മാര് ഇന്നല്ല അന്നും ഇന്നുള്ള പോലെ തന്നെ അവരൊക്കെ കൂടെ ഒരു തോന്നിയവാസം കാണിച്ചു നമ്മള് മഹാത്മാക്കളുടെ അടുത്തിരിക്കുന്നവരെയൊക്കെ നമ്മൾ അവര് ഭാഗ്യവാന്മാരാണെന്ന് വിചാരിക്കും രാമകൃഷ്ണ പരമവംസരോട് ഒരു ഭക്തൻ ചോദിച്ചു താക്കൂർ അങ്ങേയും ഞങ്ങളൊക്കെ വന്ന് കാണുന്നു പക്ഷെ ഈ ദക്ഷിണേശ്വരത്തെ അടുത്തുള്ളവരൊന്നും അങ്ങേ ശ്രദ്ധിക്കണില്ലല്ലോ ചിലരൊക്കെ ചോദിച്ചാൽ ഭാന്തൻ പൂജാരി എന്ന് പറയും ശ്രദ്ധിക്കണില്ലല്ലോ അപ്പൊ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു ഒരു വിളക്ക് കൊടുത്തിവെച്ചാൽ ആ വിളക്ക് എല്ലായിടത്തും പ്രകാശം കൊടുക്കും ആ വിളക്കിന്റെ നേരെ ചുവട്ടിലെ ഇരുട്ടായിരിക്കും ഉദ്ധവർ പറയുന്നു തൃതീയ സ്കന്ധത്തിൽ ഞാൻ ലോകത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടല്ല ദുഃഖിക്കണത് ഈ യാദവരെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കണോന്ന് യദവോ നിതരാമപി ദുർഭഗോപതലോകോയം യദവോ നിതരാമപി എന്താന്ന് വെച്ചാൽ ഒരു തടാകത്തിൽ മത്സ്യങ്ങളുണ്ട് ആകാശത്തിൽ പൂർണ്ണ ആ പൂർണ്ണ ഈ തടാകത്തിൽ പ്രതിബിംബിച്ച് കാണുമ്പോ ഈ മീനുകൾ വിചാരിച്ചു അത്ര ഈ ചന്ദ്രനും ഞങ്ങളെ പോലെ ഒരു ജലജീവിയാണെന്ന് വിചാരിച്ചു അതേപോലെ ഹരി മീനായിവ ഉടുപ്പം മീനുകൾ ചന്ദ്രനെ ജലജീവിയാണെന്ന് ധരിച്ച പോലെ ഈ യാദവന്മാര് ഹരിയെ തങ്ങളിൽ ഒരുത്തനായിട്ട് ധരിച്ചു ഒന്നും പ്രയോജനപ്പെടുത്തിയില്ല ആരും പറഞ്ഞേ കേട്ടില്ല അതിലും ആശ്ചര്യം ഭഗവാന്റെ തന്നെ മകനായി സാമ്പൻ ജാമ്പവതിയിൽ ജനിച്ച സാമ്പനെ പെൺവേഷം കെട്ടിച്ചു എന്തിനാന്ന് വെച്ചാൽ കുറെ ഋഷികൾ ഭഗവാനെ കാണാനായിട്ട് വരുന്നു ഈ താടിക്കാരന്മാരും സിദ്ധന്മാരും ഇവർക്ക് എന്ത് ശക്തി ഉണ്ടോ ഒന്ന് നോക്കാലോ സിനിസിസം അധ്യാത്മികമായിട്ടുള്ളവരെ പോലും പരിഹസിക്കുക എന്നുള്ള ഒരു സ്വഭാവം യാദവംശത്തിൽ തന്നെ വന്നു എന്ന് വെച്ചാൽ പിന്നെ ബാക്കിയുള്ള വംശമൊക്കെ പറയണ്ടോ നോക്കാം എന്ന് പെൺവേഷം കെട്ടിച്ച് ഗർഭിണിയെ പോലെ വേഷം കെട്ടിച്ചു എന്നിട്ട് ഈ ഋഷികളുടെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് വളരെ വിനയം നടിച്ചുകൊണ്ട് അവിനീതാഹാ വിനീതവത് വിനയമില്ലാത്തവർ വിനയം നടിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു ഏഷീശ്വരന്മാരെ നിങ്ങളുടെ ഒക്കെ ത്രികാലജ്ഞാനികളാണല്ലോ ീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ പെൺകുട്ടി ഇവൾ എന്ത് പ്രസവിക്കും ആൺകുട്ടിയോ പെൺകുട്ടികോ അവര് കോപിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ വിനാശകാലം വന്നിരിക്കുന്നു അതാണ് ഈ വിപരീത ബുദ്ധി ഇവൾ ഇരുമ്പോലയ്ക്കെ പ്രസവിക്കും ആ ഇരുമ്പോലയ്ക്ക നിങ്ങളുടെ യാദവ വംശത്തിന് മുഴുവൻ നശിപ്പിച്ചു ഈ ശാപം കേട്ടോട് പേടിച്ചു വയറ് തുറന്നു നോക്കി ഇരുമ്പ് അല്ല ഇരുമ്പിന്റെ ഒരു കഷ്ണം കിട്ടി ശരി പ്രാരബ്ധമാണ് വിധിയാണെന്ന് കരുതി സ്വീകരിച്ചാ വേണ്ടില്ല അതിനുള്ള പക്വതയില്ല എന്ത് ചെയ്തു വെച്ചാൽ പൊടിച്ചിട്ട് സമുദ്രത്തിൽ കൊണ്ടുപോയി അറിവുള്ളവർ വിധിയെ സ്വീകരിക്കും എന്താന്ന് വെച്ചാൽ വിധിയൊന്നും സ്വീകരിക്കണവനെ വിധി ബാധിക്കില്ല ഇവർക്ക് സ്വീകരിക്കാനും സാധിച്ചില്ല ആ ഇരുമ്പോലെയൊക്കെ പൊടിച്ച് പൊടിയാക്കി സമുദ്രത്തിൽ കൊണ്ട് കലക്കി ഒരേ ഒരു കഷ്ണം ബാക്കി വന്നു ആ കഷ്ണം പോട്ടെ ഒരു കഷ്ണം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണു വലിച്ചെറിന് അതൊരു മീന് വിഴുങ്ങി ഒരു മുക്കുവൻ ആ മത്സ്യത്തിനെ പിടിച്ചു മുറിച്ചപ്പോ വയറ്റിൽ ഈ കഷ്ണം കിട്ടി ഒരു ഇരുമ്പ് കൊടുത്തു അയാൾ അമ്പിന്റെ ശല്യം ഉണ്ടാക്കി നോക്കണം ഡസ്റ്റിനി അതിന്റെ ഒരു പൊടി പോലും ബാക്കി നിൽക്കില്ലയാണ് വരാൻ പോകുന്നത് ആ ഒരു കഷ്ണം അതിന് ശല്യം എന്ന് പറയും അമ്പില് അമ്പ് ചെന്ന് കഴിഞ്ഞാൽ കൊടുത്തു അതിനായിട്ടുള്ള ശല്യം അമ്പു പണിക്കാരന് കൊടുത്തു എല്ലാം തയ്യാറായി ഈ പൊടി സമുദ്രത്തിൽ കലക്കിയത് മുഴുവൻ കരക്കടിഞ്ഞ് പ്രഭാസ തീർത്ഥത്തിൽ വാളുപോലെയുള്ള വിചിത്രമായ ഏരക പുല്ലുകളായിട്ട് മുളച്ചു നിന്നു എല്ലാം തയ്യാറായി ഭഗവാൻ നമ്മുടെ മഹർഷി അമ്മയ്ക്കൊരു ഉപദേശം കൊടുത്തു അമ്മ കരഞ്ഞ് മഹർഷിയോട് ചോദിച്ചു തിരിച്ചു വരാനായിട്ടൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോ പതിനേഴ് വയസ്സല്ല അപ്പൊ പറഞ്ഞു ജീവിതത്തിൽ എന്തൊക്കെ നടക്കാനുണ്ടോ അതൊക്കെ തന്നെ ഓരോ ജീവന്റെയും പ്രാരബ്ധമനുസരിച്ച് നടന്നേ നോക്കൂ നടക്കാൻ വിധിക്കാത്തത് നിങ്ങൾ എന്തൊക്കെ തന്നെ പരിശ്രമിച്ചാലും നടക്കില്ല നടക്കാൻ വിധിച്ചിട്ടുള്ളത് നിങ്ങൾ എത്ര തന്നെ ചെയ്താലും നടക്കാതിരിക്കില്ല അതുകൊണ്ട് നിസ്സംഗനായിട്ട് ഈ നടക്കുന്നതൊക്കെ ശരീരത്തിനാണ് നടക്കുന്നത് എനിക്കല്ല എന്നറിഞ്ഞുകൊണ്ട് ഈ ശരീരം ഞാനല്ല എന്നറിഞ്ഞുകൊണ്ട് ഈ മനസ്സ് ഞാനല്ല എന്നറിഞ്ഞുകൊണ്ട് ഈ അഹങ്കാരം ഞാനല്ല എന്നറിഞ്ഞുകൊണ്ട് വിട്ടുമാറി വെറും സാക്ഷിയായി സ്വസ്വരൂപനിഷ്ഠാനായി മൗനമായിരിക്കുന്നതാണ് നല്ലത് ഇത് ഞാൻ അൽപ്പം വ്യാഖ്യാനിച്ചു പറയുകയാണ് അദ്ദേഹം പറഞ്ഞില്ല മൗനമായിരിക്കലാണ് നല്ലത് മൗനമായിരിക്കാൻ പക്വതയുള്ളവർക്കേ സാധിക്കുകയുള്ളൂ ഇവര് പ്രാരബ്ധത്തിനോട് നിയതിയോട് അല്പയുദ്ധം ചെയ്തു പക്ഷെ നിയതി എല്ലാം തയ്യാറാക്കി വെച്ചു ഭഗവാൻ ഇതൊക്കെ അറിയാം കണ്ടകം കണ്ടകേനൈവ ദ്വയമപ്പിഷിതുഹൂ സമം ഉദ്ധവർ പറഞ്ഞു കാലിലൊരു മുള്ളു കുത്തിയാൽ മറ്റൊരു മുള്ളുകൊണ്ട് ആ മുള്ളെടുത്തിട്ട് രണ്ടും മുള്ളും കളയണ പോലെ ഭഗവാൻ യാദവരെ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ഒക്കെ ഇല്ലാതാക്കി ഇനിയിപ്പോ ഈ യാദവരും ഇല്ലാതാവണം അതിന് ഭഗവാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഉപായം ഈ ശാപം കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ പ്രഭാസ തീർത്ഥത്തിലേക്ക് ആ സമയമായി കഴിഞ്ഞു പ്രഭാസ തീർത്ഥത്തിലേക്ക് പോവാനായിട്ട് ഭഗവാൻ തീരുമാനിച്ചു യാദവനോടൊക്കെ പറഞ്ഞു നമുക്ക് സമയം ഇപ്പൊ മോശമാണ് അതുകൊണ്ട് പ്രഭാസ തീർത്ഥത്തിലേക്ക് നമുക്ക് പോവാം അവിടെ ചെന്ന് പിതൃകർമ്മങ്ങളൊക്കെ ചെയ്ത് പിതൃപ്രീതി നേടാം പുറപ്പെടുക ഭാരതത്തിൽ പറയണത് മധുരാപാനം വിലക്കിയിരുന്നു അത്ര തിന്ന് കണക്കിന് കയറ്റി വണ്ടിയിൽ വെച്ചു എന്നാണ് അവര് നോക്കണം വിചിത്ര ബുദ്ധി പ്രഭാസ തീർത്ഥത്തിലേക്ക് പുറപ്പെടുകയാണ് ആ പുറപ്പെടുന്ന സമയം ഏകാന്ത സ്ഥാനത്തിൽ ഭഗവാൻ കാൽമേൽ കാൽ ഇട്ടുകൊണ്ട് ഇടത് കാൽ ചുവട്ടിൽ വെച്ച് വലത് കാൽ മേലെ ഇട്ടുകൊണ്ട് ദക്ഷിണാമൂർത്തി ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ് ഉദ്ധവർ ഭഗവാന്റെ ഓരോ ഇംഗിതവും ഓരോ ചലനവും ഹൃദയം കൊണ്ട് അറിയുന്ന ആളാണ് ഉദ്ധവർ ഉദ്ധവര് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്നു ഉദ്ധവർക്ക് ഭഗവാന്റെ മേലെ ദൃഷ്ടി ഭഗവാന്റെ ദൃഷ്ടിയോ ഉദ്ധവരിലൂടെ ഹൃദയത്തിലൂടെ പുറമേക്ക് ഭഗവാൻ നോക്കണില്ല ഉദ്ധവർ പറഞ്ഞു ഹേ പ്രഭു നൂറ്റി ഇരുപത് വർഷത്തിലും കാരുണ്യ വർഷം ആ കൂടെ ഞാൻ കഴിച്ചും ദേവദേവേശയോഗേശ പുണ്യശ്രവണ കീർത്തനാം സംഹൃത്തെ തുലം നൂനം ലോകം സം തക്ഷ്യത്തെ ഭവാൻ വിപ്രശാപം സമർപ്പി പ്രത്യഹന്നര നാഹം തവാഘ്രി കലം ക്ഷണാർമി കെശവാ തമുത്സുഹേനാഥ സ്വധാമനയമ വിക്രീഡം കൃഷ്ണ ൃാ പരമമംഗളം കർണീയൂഷം ആസ്വാദ്യ തജത്തിന്യസ്പഹാ ജന ശയ്യസന അടനസ്ഥാന കീട അശനാദിഷു കഥം റാ പ്രി ആത്മാനം വയം ഭക്തേമഹി ത്വോഭുക്സ്രഗന്ധവാസോലാരചർച്ചിത ഉച്ചിഷ്ടോജിനോ ദാസ തവ മായാതരശന യ ഋഷയ ശ്രമണ ഊർധമന്തിന് ബ്രഹ്മക്കം ധാമത്തെ യാത്യാസാത്ത സന്യാസിനോ അമല വയം ഇഹ മഹാഗിൻ ഭ്രമന്ത കർമ്മത്മസു ത്വാർത്തമ താവകൈ ദുസ്തരം തമഹാംേശ യോഗേശാ പുണ്യശ്രവണ കീർത്തനാം ഹേ പ്രഭു ഹേ ദേവദേവ യോഗങ്ങൾക്ക് മുഴുവൻ പ്രാപ്യസ്ഥാനനാണ് അവിടുന്ന് ലീലകളെ അവിടുത്തെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ കീർത്തിച്ചാ മതി ഒരു ജീവന് പരിപൂർണമായ പരമാത്മ അനുഭവം ഉണ്ടാവാനായിക്കൊണ്ട് അവിടുന്ന് ഈ ലോകത്തിനെ സന്ധ്യിച്ച് സ്വധാമത്തിലേക്ക് പോവാനായി നിശ്ചയിച്ചിരിക്കണു എന്ന് എനിക്ക് കണ്ടാൽ മനസ്സിലാവണുണ്ട് അവിടുന്ന് എങ്ങോട്ടാണോ പോണത് അങ്ങോട്ട് എന്നെയും കൂട്ടിക്കൊണ്ടു പോവുക സ്വധാമ നയ മാമപീ എവിടാ പോവാനാ ഒരു ക്ഷണനേരം ഭഗവാനെ അങ്ങേ പിരിഞ്ഞ് എനിക്കിരിക്കാൻ വയ്യാവുന്നതാണ് ഉദ്ധവര് ഭഗവാന്റെ ഒരു ഛായ പോലെ നിഴല് പോലെ പുറകെ പിന്തുടർന്ന് നടന്ന ഒരു നിഗൂഢ ഭക്തനാണ് ഉദ്ധവരുടെ വ്യക്തിത്വം ഒരിടത്തും തല പൊന്തനില്ല ഭാരതം എടുത്ത് നോക്കിയാലും ശരി ഭാഗവതം എടുത്ത് നോക്കിയാലും ശരി ഭാഗവതത്തിൽ രണ്ടിടത്ത് ഉദ്ധവർ വരുന്നു ഇതാണ് ആദ്യത്തെ സ്ഥലം ഏകാദശം തൃതീയസ്കന്ധത്തിൽ വരുന്നത് ഇതിനു ശേഷമുള്ള സ്ഥിതിയാണ് ഉദ്ധവർ അവധൂതനായിട്ടാണ് തൃതീയസ്കന്ധത്തിൽ വരുന്നത് ഉദ്ധവരെ കാണുമ്പോ വിതുരൻ തൃതീയ സ്കന്ധത്തിൽ പറയുന്നു പൂർണ്ണാർത്ഥോലക്ഷിതസ്ഥേന സ്നേഹപ്രസര സംപ്ലുത മഹാവാക്യത്തിന്റെ പൊരുൾ തന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് തോന്നിയത്രേ വിതുരർക്ക് ഉദ്ധവനെ കണ്ടപ്പോ ഇവിടെ ഉദ്ധവര് പരമഭക്തനായി വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പറയാണ് അവിടുന്ന് ഈ കുലത്തിനെ മുഴുവൻ സംഹരിച്ച് ഈ ലോകം വിട്ട് അവിടുന്ന് പോകും ലോകം സംത്യക്ഷദേഭവാണ് ഈ ബ്രാഹ്മണ ശാപം അങ്ങേക്ക് വേണ്ട വയ്ക്കരുതോ അങ്ങ് നിശ്ചയിച്ചിട്ടാണ് ഈ ബ്രാഹ്മണര് ശപിച്ചത് നാഹം തവ അഗ്രികമലം ക്ഷണാർത്ഥം അഭികേശവ ഒരു പോട്ടെ ഒരു ക്ഷണാർത്ഥമെങ്കിലും ഭഗവാന്റെ അഗ്രികമലം പാതകമലത്തിന് വിട്ടുപിരിഞ്ഞിരിക്കെ നീ ഇരിക്കാൻ വയ്യ എന്നാണ് അനുഭൂതിയുടെ സുഖം അവതാര കാലത്തിലോ അല്ല ജ്ഞാനികളുടെയോ ജീവൻ മുക്തന്മാരുടെയോ സമ്പർക്കം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് അല്പമൊക്കെ ഊഹിക്കാം നമ്മള് അന്തർമുഖന്മാരാവാതെ നമ്മൾ ധ്യാനം ചെയ്യാതെ നമ്മൾ തപസ്സ് ചെയ്യാതെ നമ്മൾ വിചാരം ചെയ്യാതെ ഒരു പൂർണ്ണ വസ്തു മുമ്പിൽ നടക്കണം എന്താന്ന് വെച്ചാൽ ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി ബ്രഹ്മണ മഹർഷിയെ കണ്ടവര് പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് കനകം മാൾ പറഞ്ഞു മഹർഷി ഉള്ള കാലം മുഴുവൻ പതിനേഴ് വയസ്സിൽ മഹർഷിയുടെ അടുത്ത് വന്നതാണ് അമ്മ ഇപ്പോഴും ഉണ്ട് അമ്മ ഒരുക്കി പറഞ്ഞു മഹർഷി ഉള്ളത്തോളം കാലം ആയിരത്തി വരെ ധ്യാനം എന്താണെന്നുള്ളത് എനിക്കറിയില്ല ജപിക്കാൻ സമയമില്ല പുസ്തകം വായിക്കാൻ സമയമില്ല ആത്മവിചാരം ചെയ്യാൻ പോലും സമയമില്ല അവിടെ ചെന്ന് ഇരിക്കുക അത്രയുള്ളൂ നേരം വിളിച്ചയാ എന്തെങ്കിലുമൊക്കെ ആഹാരം പാചകം ചെയ്തിട്ട് ഓടുക എന്തിനാ ആ സന്നിധിയിൽ അവിടെ എന്ത് ചെയ്യും ഒന്നും ചെയ്യില്ല ആരും പാട്ടുപാടില്ല മന്ത്രം ജവിക്കില്ല ഉപദേശമില്ല ഒരു പ്രസംഗമില്ല അദ്ദേഹം വെറുതെ ഇരിക്കും ഞങ്ങളും ഇരിക്കും അരുവിയായി തെറുക മുരുഗനാഥ സ്വാമികൾ പറഞ്ഞു കൃപ അനുഭൂതി വെള്ളപ്പൊക്ക സമയത്ത് ഒഴുകുന്ന നദി പോലെ ഒഴുകുന്നു ഭഗവാൻ അവതാരം എടുക്കുമ്പോഴോ ജ്ഞാനികളുടെ സന്നിധിയിലോ ഒക്കെ അപ്പൊ ആ സന്നിധി ഒരു തരത്തിൽ പറഞ്ഞാൽ ബ്ലൂ ലൈറ്റ് പോലെയാണത് അതായത് ബ്ലൂ ലൈറ്റിൽ ഇരിക്കുമ്പോ നമ്മളുടെ ശരീരമൊക്കെ നീല കളറായ പോലെ തോന്നും പക്ഷെ അവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ കാണാം ഒന്നും കളറൊന്നും ചേഞ്ചായിട്ടില്ല കുഞ്ചുസ്വാമി ഒരിക്കലും പറഞ്ഞു പാലക്കാട്ട് ജനിച്ച ആളാണോ കുഞ്ചുസ്വാമി അദ്ദേഹത്തിന് ഇരുപത് വയസ്സ് പതിനേഴ് വയസ്സ് ഉള്ളപ്പോ ആയിരത്തി നമ്മുടെ മഹർഷിയെ കാണാൻ ചേർന്നു അതിനു മുമ്പ് തന്നെ അദ്ദേഹം പല യോഗ സാധനങ്ങളൊക്കെ ചെയ്തിരുന്നു മഹർഷിയുടെ കൂടെ ഒന്ന് രണ്ടു വർഷം താമസിച്ചു താമസിച്ചു കഴിഞ്ഞപ്പോ മനസ്സിന് നല്ല ശാന്തി നല്ല സുഖം ഒരു ചലനമില്ല ഉള്ളില് അപ്പൊ അദ്ദേഹത്തിന് തോന്നിയത്ര തിരുവണ്ണാമലയിൽ ആഹാരം കിട്ടാൻ വിഷമം ഭിക്ഷ എടുക്കണം ഭയങ്കര ചൂട് ഇപ്പൊ എന്തായാലും കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു ഇവിടെ ഇരിക്കുമ്പോ എന്തൊരു ശാന്തി എന്തൊരു സുഖം പൂർണ്ണമായി കഴിഞ്ഞു ഇനിയിപ്പൊ ഇവിടെ ഇരിക്കണമെന്നില്ല തിരിച്ച് നാട്ടിൽ പോയിട്ടിരിക്കാം ഏകാന്തമായിട്ടിരിക്കാം എന്ന് തീരുമാനിച്ച് അവിടുന്ന് പുറപ്പെട്ട് പാലക്കാട്ടിലേക്ക് പോന്നു സ്വാമികൾ തന്നെ പറഞ്ഞു രണ്ടേ രണ്ടാഴ്ച ഈ രണ്ടു വർഷമായി ഉണ്ടായിരുന്നത് മുഴുവൻ പോയി എന്നാണ് അപ്പോഴാണ് മനസ്സിലായത് ഈ ബ്ലൂ ലൈറ്റ് ആ സന്നിധിയിൽ ഇരിക്കുമ്പോ അതങ്ങനെ കിട്ടിയ പോലെ തന്റേതായ പോലെ ഒരു പ്രതീതി അതാവണമെങ്കിൽ വിചാരം ചെയ്ത് ആ സ്ഥിതി ഉറപ്പിക്കണമേ സ്വാനുഭവത്തിലേക്ക് അത് ഉറപ്പിക്കണം ഇപ്പൊ ഉദ്ധവർക്ക് നൂറ്റി വർഷത്തിൽ ഏകദേശം അദ്ദേഹം ഒരു നൂറ് വർഷമൊക്കെ ഭഗവാന്റെ കൂടെ ഇരുന്നുണ്ടോ ആലോചിച്ചു നോക്ക എങ്ങനെയുണ്ടാവും നൂറ് വർഷം ശയ്യാസന അടന സ്ഥാന സ്നാന ക്രീഡ അശനാതിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്താഹത്യ ഭക്തനായിട്ട് ഭഗവാൻ കിടക്കുമ്പോ ഉദ്ധവർ ചോട്ടൽ കിടക്കേണ്ടത് ഭഗവാൻ ഇരിക്കുമ്പോ ഉദ്ധവർ അവിടെ ഇരിക്കുക നിൽക്കുക ചെയ്യുന്നുണ്ട് ഭഗവാൻ കുളിക്കാനായി പോകുമ്പോ ഉദ്ധവർ പുറകെ പോകുന്നുണ്ട് ഭഗവാൻ ഊണ് കഴിക്കുമ്പോ ഉച്ചിഷ്ട ഭോജിന ഊണ് ബാക്കി വെച്ചാൽ അതെടുക്കാം ഭഗവാൻ ക്രീടിക്കുമ്പോ കണ്ടു രസിക്കുക ഉറങ്ങുമ്പോ കൂടെ കിടക്കുക ഇങ്ങനെ നൂറ് വർഷം ഉദ്ധവരുടെ തന്നെ വാക്കാണ് ശയ്യാസന അടന സ്ഥാന സ്നാന ക്രീഡ അശനാതിഷു കഥം ത്വാം പ്രിയം ആത്മാനം വയം ഭക്താഹ ഒരു ലൗകികന്മാരായിട്ടല്ല കണ്ടത് ഭക്തന്മാരായി പ്രേമിച്ചു കൂടെ ഇനി എങ്ങനെ വിട്ടുപോകും ഇനി എങ്ങനെ വിട്ടുപിരിയും കഥം ത്യജയമഹി വയം ഭക്താ ത്യജയമഹി അതുകൊണ്ട് ഭഗവാനെ ഒരു ക്ഷണ അർദ്ധ നേരം പോലും എനിക്ക് ഇനി അവിടുത്തെ പിരിഞ്ഞു വയ്യ നാഹം തവ അങ്കരിക്കം വലം ക്ഷണാർത്ഥം അഭികേശവാ തെക്തും സമുത്സുഹേ നാഥ ഈ വാക്ക് മുഴുവൻ പ്രേമനിർഭരമാണ് ഓരോ ശ്ലോകത്തിൽ ഓരോ വാക്ക് എടുത്താല് ആ ശ്ലോകത്തിലെ ഒരു വാക്ക് പൊട്ടിച്ച ഒരു ദ്വാരം ഒരു ഗംഗ അതൊന്ന് അത്രയധികം പ്രേമുണ്ട് അത്രയധികം പ്രിയം ആ വാക്കലുണ്ട് അവിടുത്തെ പിരിഞ്ഞ് എങ്ങനെ ജീവിക്കും ഭഗവാന് തവവിക്രീഡിതം കൃഷ്ണ നൃടാം പരമമംഗളം കർണപീയൂഷം ഭഗവാനേ അവിടുത്തെ ലീലകൾ ദിവ്യലീലകൾ ഭക്തന്മാർ എവിടെയോ ഇരുന്ന് കർണപീയൂഷം ആസ്വാദ്യ ചെവി കൊണ്ട് കേട്ട് ആസ്വദിച്ച് നിർവൃതി പൂണ്ട് സമാധിസ്ഥിതരായിട്ട് ഇരിക്കുന്നു ഭാവസ്ഥിതരായിട്ടിരിക്കുമ്പോ കൺമുമ്പിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ എങ്ങനെ പിഴിഞ്ഞിട്ടിരിക്കും കർണ പീയൂഷം ആസ്വാദ്യ ത്യജതി അന്യസ്പൃഹാം ജനഹ ഇതരരാക വിസ്മാരണം മറ്റുള്ള വസ്തുക്കളിലുള്ള സ്പൃഹയൊക്കെ പോയി പോകുന്നു ഭഗവത് കഥകൾ കേട്ട് ചെവിക്ക് അമൃതായിട്ടുള്ള കർണ ആസ്വാദ്യ യഹ് കർണനാടിയും പുരുഷസ് ചെയ്യാത ഭവപ്രദാം ഗേഹരഥിം ചിനത്തി തൃതീയ സ്കന്ധത്തിൽ വിതുരൻ പറഞ്ഞു ചെവിയിലൂടെ അനേക വിഷയങ്ങൾ കേൾക്കണു പക്ഷെ ഭഗവത്കഥകൾ രമിച്ചു കേൾക്കാൻ തുടങ്ങുമ്പോ പതുക്കെ പതുക്കെ കർണത്തിൽ ഒരു നാടി തുറക്കും അത്ര ഒരു സ്പെഷ്യൽ നേറു ആ നേറുവെന്തു ചെയ്യുന്ന വെച്ചാൽ ലൗകിക വർത്തമാനങ്ങൾ കേൾക്കാതെ ആ ദ്വാര അടച്ച് ഭഗവത് കഥകൾ കേൾക്കുന്നതിൽ അമൃതാനുഭവം ഉണ്ടാക്കി ഈ കേൾക്കുന്നത് മുഴുവൻ ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്യാതെ മൈൻഡിലേക്ക് സപ്ലൈ ചെയ്യാതെ ഡയറക്റ്റായി ചെവിയിൽ നിന്നും ഹൃദയത്തിലേക്ക് കണക്ഷൻ ഹൃദയത്തിലേക്ക് മാത്രം അവിടെ ചെന്ന് എന്ത് ചെയ്യും ഭവപ്രതാം ഗേഹരഥിം ചിനത്തി വീണ്ടും വീണ്ടും സംസാരത്തിന് ഉണ്ടാക്കുന്നതും സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതും രാഗദ്വേഷങ്ങളെ ഉണ്ടാക്കുന്നതും അഹങ്കാരത്തിന് ഉണ്ടാക്കുന്നതുമായ ശരീരത്തിനോടും കുടുംബത്തിനോടും മറ്റു വിഷയങ്ങളോടുള്ള ആസക്തിയെ വേരോടെ പിഴുത്തുകളയും ജാഗ്രത ആളെ തൊട്ട് പ്രഭാഷണത്തിന് വരുമ്പോ ആലോചിച്ചിട്ട് വേണം വരാനാണ് ഭവപ്രതാവും ഗേഹരത്തിം ചിനും അങ്ങനെ ഇരിക്കുമ്പോൾ ഉദ്ധവര് പറയാണ് ഭഗവാനെ കണ്ടു നേരിട്ട് കണ്ടു കൂടെ നടന്ന് കർണപീയൂഷം ആസ്വാദ്യ തജത്യസ്പൃഹാം ജനഹ ത്വോപഭുക്ത സ്രഗന്ധവാസോലാരചർച്ചിതാ ഉച്ചിഷ്ടോജിനോ ദാസാ തവമായാം ജയേമഹി ഈ മായ അതിദുസ്ഥരമായ മായയെ ഞങ്ങൾ വളരെ എളുപ്പത്തിൽ ജയിക്കും സന്യാസികളായി സർവസംഘ പലരും യോഗസാധനകൾ ചെയ്തും പ്രാണായാമാദികൾ ചെയ്തും കുണ്ടലിനി യോഗം ചെയ്തും ഊർധ്വമന്തിനഹ ബ്രഹ്മാക്യം ധാമത്തെയാാന്തി അങ്ങനെ ഇരിക്കുമ്പോ ഉദ്ധവർ പറയാണ് ഞങ്ങൾ അവിടുന്ന് വെച്ച ഉച്ചിഷ്ടം കഴുത്തിൽ അണിഞ്ഞ് അഴിച്ചു വെച്ച മാല ഇങ്ങനെ ഉച്ചിഷ്ടബോധികളായിരുന്നു കൊണ്ട് മായയെ ജയിക്കുന്നു ഇനി ഭഗവാൻ പറയാൻ പോവാണ് ഉദ്ധവരെ അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഒന്നും പറയാൻ പോവാണ് ഇനി നമ്മുടെ മഹർഷി ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചിഷ്ടം എടുത്ത് കഴിക്കാന്ന് ചില ആളുകൾ തുടങ്ങി അതുകൊണ്ട് തന്നെ മഹർഷി എന്ത് ചെയ്തു വെച്ചാൽ ഊണ് ഒരു വെറ്റുപോലും ഇലയിൽ ബാക്കി വെക്കാതെ കഴിച്ചിട്ട് അപ്പൊ തന്നെ ആ ഇലയെ കൊണ്ടുപോയി എല്ലാവരുടെ ഇലയുടെ കൂടെ കൊണ്ടുവിടും ഇങ്ങനെ ഒരു ട്രിക്ക് മോക്ഷത്തിന് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ഭക്തൻ പറഞ്ഞു സ്വാമി പ്രസാദം വേണം പറഞ്ഞു കൈനീട്ടിക്കൊണ്ട് നിന്ന് ഊണ് കഴിക്കണമെന്ന് പ്രസാദം ഓ ഞാൻ ഊണ് കഴിച്ച് തരുന്നതാണ് പ്രസാദമോ താൻ ഞാൻ ഊണ് കഴിക്കണു എന്നുള്ള വിചാരമില്ലാതെ ഊണ് കഴിക്കുകയാണെങ്കിൽ താൻ കഴിക്കണതൊക്കെ പ്രസാദമാവും ഈ നൂറു വർഷം ജീവിച്ച് ഇപ്പൊ കിടന്ന് കരയുകയാണോ ഭഗവാനെ എന്നെ വിട്ടുപോവുവാണോ ബുദ്ധൻ മഹാസമാധി ആവുന്നതിന് മുമ്പ് ബുദ്ധന്റെ അടുത്തുകൂടിയിരുന്ന ആനന്ദൻ ഇതേപോലെ കരഞ്ഞു എന്നെ വിട്ടുപോവാണ് അവിടുന്ന് എനിക്ക് എന്തുകൊണ്ട് ഇനിയും അനുഭവം ഉണ്ടായില്ല ബുദ്ധൻ പറഞ്ഞു ആനന്ദ ഞാൻ തഥാഗതനാണെന്നും ആ അനുഭവത്തിനെ ഒരു വസ്തു എടുത്തു തരുന്ന പോലെ തനിക്ക് തരാൻ കഴിയുമെന്നും വിചാരിച്ചു ഒരിക്കലും ഒരു ഷോർട്ട് കട്ടും ഒരു വഴിയല്ല സ്വയം ഞാൻ സിദ്ധാർത്ഥൻ സ്വയം ഈ സത്യം വിചാരം ചെയ്ത് കണ്ടെത്തി അതുപോലെ താനും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആത്മദീപോ ഭവ സ്വയം തനിക്ക് താൻ തന്നെ വെളിച്ചമായിട്ട് തീരാ സത്യത്തിനെ കണ്ടെത്തൂ ഇവിടെ ഉദ്ധവർ കരഞ്ഞുകൊണ്ട് ഭഗവാനെ അവിടുത്തെ വിട്ടു പിരിയാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ഭഗവാൻ പരമപ്രിയത്തോടുകൂടെ പ്രേമത്തോടുകൂടെ കരുണയോടുകൂടെ ഉദ്ധവരെ നോക്കി എന്നിട്ട് ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവ എനിക്ക് ന പ്രിയതമഹ ആത്മയോനി ബ്രഹ്മാവുണ്ടല്ലോ ബ്രഹ്മാവിനോട് അത്ര കണ്ടു പ്രിയമില്ല ന ശങ്കരഹ ശങ്കരനോടും അത്ര കണ്ടു പ്രിയമില്ല ന സംഘർഷണ സംഘർഷണനോടും അത്ര കണ്ട് പ്രിയമില്ല പിന്നെ ഗുരുവായൂരപ്പൻ അല്പം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കി എന്നിട്ട് പറഞ്ഞു ന ശ്രീഹി ലക്ഷ്മി ദേവിയോടും അത്ര കണ്ടൊന്നുമില്ല ആത്മാ എനിക്ക് എന്നോട് തന്നെ അത്ര കണ്ടു പ്രിയമില്ല യഥാഭവാൻ താങ്കളോട് എനിക്ക് എത്ര കണ്ടു പ്രീതി താങ്കളോട് എനിക്ക് എത്ര കണ്ടു പ്രിയമുണ്ടോ അത്ര പ്രിയം വേറെ ആരോടും ഇല്ല എന്തുകൊണ്ട് തഞ്ച ഭാഗവതേഷു ഭാഗവതന്മാരിൽ താനാണ് ഞാൻ താൻ വേറെയല്ല ഞാൻ വേറെയല്ല അതുകൊണ്ട് ഇതുവരെ ആർക്കും ചെയ്യാത്ത ഒരു അനുഗ്രഹം തനിക്ക് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്താ അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹം ഭഗവാന് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ രോഗവാസിഷ്ഠം നമ്മൾ രാവിലെ കാണാൻ പോണല്ലോ അതിനൊരു കഥ വരും പ്രഹ്ലാദന്റെ മുമ്പിൽ വീണ്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെടും പ്രഹ്ലാദനോട് ചോദിക്കും അങ്ങേക്ക് എന്തുവരമാ വേണ്ടത് ചോദിക്കും പ്രഹ്ലാദൻ പറയും ഭഗവാനെ വരൻ ചോദിക്കാൻ എനിക്ക് ആഗ്രഹമല്ല അങ് എന്താന്ന് വെച്ചാൽ അനുഗ്രഹിക്കാം ഭഗവാൻ പറഞ്ഞു എല്ലാത്തിനേക്കാളിലും ശ്രേഷ്ഠമായ വരം ഞാൻ താങ്കൾക്ക് തരാം ബ്രഹ്മവിശ്രാന്തി പര്യന്ത വിചാരോസ്തുതവാനഘ പരിപൂർണമായി അങ്ങയ്ക്ക് ബ്രഹ്മവിശ്രാന്തി ഉണ്ടായി ബ്രഹ്മാനുഭവ നിഷ്ഠയം ഉണ്ടാവുന്നവരെ ആത്മവിചാരം ചെയ്യാനുള്ള ശക്തിയെ ഞാൻ താങ്കൾക്ക് തരുന്നു അത് വാസിഷ്ഠ ഇവിടെ ഉദ്ധവർ ചോദിക്കുന്നു ഭഗവാനോട് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു ഉദ്ധവരെ ആർക്കും ചെയ്യാത്ത അനുഗ്രഹം ഞാൻ താങ്കൾക്ക് ചെയ്യാൻ പോകുന്നു താങ്കൾ ഇനിമേലാൽ ഇവിടെ വസിക്കരുത്വം സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യം അനസമ്യക് സമദൃക് വിചരസ്വഗാം ഇതാണോ അനുഗ്രഹം അൺകോംപ്രമൈസിംഗ് ടീച്ചിങ് ഒരു കോംപ്രമൈസില്ല ബുദ്ധവരോട് ഭഗവാൻ പറയാണ് ബുദ്ധവനെ ഞാനിവിടുന്ന് പോയാൽ ഏഴാമത്തെ ദിവസം ഈ ദ്വാരകയെ മുഴുവൻ സമുദ്രം വിഴുങ്ങും അതുകൊണ്ട് താങ്കൾ ഇവിടെ വസിക്കരുത് ത്വം തു സർവം പരിത്യേച്ച് ഭഗവാൻ ആരെ അനുഗ്രഹിക്കണമോ അവരെ സർവസംഘ പരിത്യാഗികളാക്കും പുറമേക്ക് വേണമെന്നില്ല അതമേക്ക് പൂർണ്ണമായി വ്യക്തിബോധം ഇല്ലാതാക്കി തീർക്കും യഥാർത്ഥത്തിൽ പൂർണ്ണ ത്യാഗം എന്താ ഞാൻ ഇല്ലാതാവുന്നതാ ദമിണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു ഷുഡ് ഐ നോട്ട് ഗിവ് അപ്പ് ഓൾ പൊസൻസ് മഹർഷി പറഞ്ഞു ദ പൊസർ ടു ഗിവ് അപ് ദ പ്രൊസർ പിടിച്ചിരിക്കുന്ന ആളെയും വിട്ടുകളെയാ ആ പരിത്യാഗം എങ്ങനെ ചെയ്യും ആ പരിത്യാഗം ചെയ്യാനായിട്ടാണ് ഭഗവാനുടെ ബ്രഹ്മോപദേശം ചെയ്യുന്നത് ത്വം തു സർവം പരിത്യജ് എല്ലാം ഉപേക്ഷിക്കും പ്രത്യേകിച്ച് ചിലത് ഉപേക്ഷിക്കാനുണ്ടെന്ന് എന്താണ് സ്നേഹം സ്വജന ബന്ധുഷു സ്വജനങ്ങളും ബന്ധുക്കളും ഉണ്ടല്ലോ അവരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാലും പറ്റിക്കൂടും ഈ ചെറിയച്ഛനാണ് വലിയച്ഛനാണ് പേരക്കുട്ടിയാണ് ഭർത്താവാണ് ഭാര്യയാണ് എന്തെങ്കിലും പറഞ്ഞു വന്ന് മേലെ വിട്ടാലും ഓട്ടിപ്പിടിക്കുന്നു സ്നേഹം സ്വജന ബന്ധുഷു പിന്നെ ഞാൻ എന്ത് ചെയ്യണം മയ്യാവേശ മനസ്സമ്യക് മനസ്സിനെ എന്നിലേക്ക് ആവേശിക്കാം ജഗത്ത് മുഴുവൻ എന്റെ സ്വരൂപമായിട്ട് കാണുക ജഗത്ത് മുഴുവൻ ബോധസ്വരൂപമായിട്ട് കാണുക സമദൃവിചരസ്വകാം ജഗത്തിനെ മുഴുവൻ ഭഗവത്സ്വരൂപമായി കണ്ടുകൊണ്ട് സമദർശിയായിട്ട് ഭൂമിയിൽ സഞ്ചരിക്കാം യതിദം മനസ വാച ചക്ഷുർഭ്യം ശ്രവണാതിഭി നശ്വരം ഗൃഹ്യമാണം വൈവിധ്യ മായാ മനോമയം ഒരു ശ്ലോകം എല്ലാം സമദർശിയോടുകൂടി സമദർശിത്വത്തോടുകൂടെ ലോകത്തിൽ സഞ്ചരിക്കാന്ന് വെച്ചാൽ എങ്ങനെ സാധിക്കും ഭഗവാനെ കണ്ണിലൂടെ പലയ വിഷയങ്ങൾ ഉള്ളിൽ കിടക്കുന്നു ചെവിയിലൂടെ പലതും ഉള്ളിൽ കിടക്കുന്നു മൂക്കിലൂടെ പലതും ഉള്ളിൽ കിടക്കുന്നു നാവിലൂടെ പലതും ഉള്ളിൽ കിടക്കുന്നു ത്വക്കിലൂടെ പലതും അകമയൊക്കെ കിടക്കുന്നു അകമയെ ചെന്ന് വാസനകളെയൊക്കെ ചലിപ്പിക്കുന്നു യഥിതം മനസ വാസ ചക്ഷുർഭ്യാം ശ്രവണാതിഭി കണ്ണുകൊണ്ട് ചെവി കൊണ്ട് മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് എന്തൊക്കെ ഗ്രഹിക്കപ്പെടുന്നുവോ എന്തൊക്കെ അറിയപ്പെടുന്നുവോ ഇതൊക്കെ ഉദ്ധവനെ നശ്വരമാണ് വാസ്തവമല്ല വെറും ഒരു സിനിമയാണെന്ന് കരുതിക്കൊള്ളാം ഈ ദൃശ്യപ്രപഞ്ചം വാസ്തവം എന്ന് ശാന്തി എങ്ങനെ ഉണ്ടാവും എപ്പോഴെങ്കിലും എപ്പോഴും എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും മുമ്പിൽ എന്തെങ്കിലും നമുക്ക് ചലിപ്പിച്ചുകൊണ്ടിരിക്കും വിദ്യി മായാ മനോമയം ഇത് വാസ്തവമല്ല ഇന്ദ്രിയങ്ങൾ എത്രയുണ്ടോ അതിനനുസരിച്ച് പ്രപഞ്ച ദർശനം നമുക്ക് അഞ്ചു ഇന്ദ്രിയങ്ങളുണ്ട് കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക ഇതാണ് നമ്മളുടെ ലോകം ലോകം എന്ന് വെച്ചാൽ എന്താ പ്രപഞ്ചം പഞ്ചം എന്താ പഞ്ചം കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക ചില ജീവികൾക്ക് മൂന്ന് ഇന്ദ്രിയങ്ങളെ ഉള്ളൂ അവര് നമ്മളെ പോലെ കാണുകയും കേൾക്കുകയില്ല വേറെന്തൊക്കെയോ ചെയ്യും ഇപ്പൊ സസ്യങ്ങൾക്കൊക്കെ ജീവനുണ്ട് അത് നമ്മളെ പോലെയല്ല അവരുടെ സെൻസേഷനെ വേറെയാണ് ചില ജീവികൾക്ക് ഒരു ഇന്ദ്രിയമേ ഉള്ളൂ അതിന്റെ അനുഭവ മണ്ഡലമേ വേറെയാണ് അപ്പൊ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് കാണപ്പെടുന്ന പ്രതീതി മാറിക്കൊണ്ടേയിരിക്കുന്നു ഇനി ഒരു പക്ഷെ നമുക്ക് അഞ്ചു ഇന്ദ്രിയത്തിന് പകരം ആറാമതൊരു ഇന്ദ്രിയം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണും വിദ്യ മായാമനോമയം ഇത് വാസ്തവമല്ല പക്ഷെ ഇതിൽ വാസ്തവം ഉണ്ട് ആ വാസ്തവം മായ കൊണ്ട് അഡൾട്ടറേറ്റഡ് ആവണു അത്രയേ ഉള്ളൂ വാസ്തവം എന്താ പ്രപഞ്ചത്തിനെ ഞാൻ അറിയുന്നു എന്നുള്ളത് വാസ്തവം അതിപ്പോ ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെയാണ് വിളക്കെടുത്തുകൊണ്ട് ഇരുട്ടെന്നെ കാണാൻ പോണം ആ മുറിയിൽ ഇരുട്ടെന്നെ പോയി കാണൂ എന്ന് പറഞ്ഞാൽ ഇയാളെ നല്ല വെളിച്ചുള്ള ടോർച്ചും കൊണ്ടുപോയി എവിടെ ഇരുട്ട് കാണാനില്ലല്ലോ വെളിച്ചമാണല്ലോ തന്റെ കയ്യിലുള്ള വെളിച്ചമാണ് അവിടെയുള്ള വെളിച്ചമല്ല അതേപോലെ പ്രപഞ്ചം കാണുന്നുണ്ടല്ലോ സത്യമാണല്ലോ അത് തന്റെ ഉള്ളിലുള്ള സത്യമാണ് താനാണ് സത്യം യു ആർ ദ ട്രൂത്ത് യു ആർ ദ ഫൾക്രം നീയാണ് സത്യം ആ സത്യത്തിൽ ഇരുന്നു ഇതിനെ സത്യം സത്യം നീ പറയണോ എല്ലാത്തിനും നിയമം എന്താണ് പ്രാരബ്ധം ഉണ്ടല്ലോ എന്ന് ഉണ്ടാവും എന്താന്ന് വെച്ചാൽ നിങ്ങൾ സത്യസ്വരൂപികളാണ് നിങ്ങൾ പ്രാരബ്ധം ഉണ്ടാകുന്ന കൂടി പ്രാരബ്ധം ഉണ്ടാവും കർമ്മം അനുഭവിക്കണമല്ലോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അനുഭവിക്കണം പ്രപഞ്ചം നിങ്ങൾ തീരുമാനിച്ചാൽ കാണണം എന്താന്ന് വെച്ചാൽ സത്യസ്യ സത്യം സത്യസ്യ യോനിയും സത്യത്തിന്റെ യോനി ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നു ഈ അനുഭവത്തിനെ വെച്ചുകൊണ്ടാണ് ഈ അനുഭവത്തിലാണ് പ്രപഞ്ചം നിൽക്കുന്നത് യാജ്ഞവൽക്യനോട് ഗാർഗി ചോദിച്ചു ആകാശം എവിടെ നിൽക്കണമെന്ന് ചോദിച്ചു സ്പേസ് യാജ്ഞവൽക്യൻ പറഞ്ഞു ആകാശമുണ്ട് എന്ന് അനുഭവിക്കുന്ന ആളിൽ ആകാശം നിൽക്കണെന്ന് അല്ലാതെ എവിടെ നിൽക്കും സ്പേസ് ഉണ്ട് എന്ന് അനുഭവിക്കണവൻ ആരോ അവനിൽ നിൽക്കണം അതേപോലെ പ്രപഞ്ചം ഉണ്ട് എന്ന് അനുഭവിക്കണവൻ ആരോ അവനിൽ നിൽക്കണം പക്ഷെ നമ്മൾ ആ അനുഭവിക്കണവന് പ്രാമുഖ്യം കൊടുക്കാതെ അനുഭവപ്പെടുന്നതിന് പ്രാമുഖ്യം കൊടുക്കുമ്പോ അവിടെയാണ് ഭഗവാൻ നിഷേധിക്കുന്നത് വിധി മായ മായ എന്ന് നിഷേധിക്കുന്നത് നിഷേധ പ്രാമുഖ്യം കൊണ്ടല്ല നിഷേധിക്കുന്നതിനെ നോക്കാനല്ല നിഷേധിക്കുന്നവനെ നോക്കാനാണ് നിഷേധിക്കുന്നവനാരൃദേന നിഷേധ സിദ്ധി നിഷേധിക്കുന്നവൻ അവിടെ ഉണ്ടല്ലോ ഞാനുണ്ടല്ലോ പ്രപഞ്ച ഇല്ല എന്ന് പറഞ്ഞ ഇല്ല എന്ന് പറയുന്നവനാരാ ഞാൻ ഞാനുണ്ടല്ലോ ഈ നിഷേധിക്കുന്ന ഞാനാര ഇരിട്ട് ഇല്ല എന്ന് പറയുന്നു എന്തുകൊണ്ട് പറയുന്നു തന്റെ കയ്യിൽ വെളിച്ചുള്ളതുകൊണ്ട് പ്രപഞ്ചം ഇല്ല എന്ന് പറയുന്ന ആളാര ഉണ്ട് എന്ന് അനുഭവിക്കുന്നവരാണ് പ്രപഞ്ചം ഇല്ല എന്ന് പറയുന്നത് ആ അനുഭവത്തിൽ ശ്രദ്ധയെ തിരിച്ചുവിടാനായിട്ട് നമുക്ക് രണ്ടെണ്ണമുണ്ട് പ്രതീതിയും അനുഭവവും ഞാൻ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ കാണുന്നത് പ്രതീതി കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ നിങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ കാണുന്നുണ്ടല്ലോ അത് പ്രതീതി അതായത് എനിക്ക് കണ്ണുണ്ടെങ്കിലേ കാണാൻ ഒക്കു നിങ്ങളെയൊക്കെ കണ്ണടച്ചാൽ നിങ്ങൾ എഴുന്നേറ്റ് പോയാൽ അറിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഞാൻ കഴിക്കണം അല്ലെങ്കിൽ നിങ്ങളെന്നെ സ്പർശിക്കണം അല്ലെങ്കിൽ നാവ് കൊണ്ട് കടിച്ചു നോക്കണം തൊട്ട് നോക്കണം എന്തെങ്കിലും ഇന്ദ്രിയങ്ങൾ വേണം നിങ്ങളുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഉണ്ട് എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല അതെന്റെ അനുഭവമാണ് അതിന് ഇന്ദ്രിയങ്ങൾ വേണ്ട മനസ്സ് വേണ്ട ബുദ്ധി വേണ്ട അത് ഉള്ളതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയൊക്കെ പ്രവർത്തിക്കുന്നത് അനുഭവം എന്നുള്ളത് ഭഗവാന്റെ സ്വരൂപമാണ് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ആ അനുഭവത്തിനെ ശ്രദ്ധിക്കാതെ ഈ കാണുന്നതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ ഇവിടെ കാണുന്നതിനും വായാന്നു പറഞ്ഞു കൃഷ്ണൻ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഉള്ളിലുള്ള കൃഷ്ണനെ കാണിച്ചു തരാനാണ് ആചാര്യ സ്വഗതിം വ്യരക്തി ഭാഗവതം പറഞ്ഞു ഭഗവാൻ മുമുക്ഷുക്കൾക്ക് മുമുക്ഷുക്കളുടെ മുമ്പിൽ അവതരിക്കുന്നതിന്റെ ഒരേ ഒരു ഉദ്ദേശം ബഹിർമുഖമായവന്റെ മനസ്സിനെ അന്തർമുഖമാക്കി ഉള്ളിലുള്ള വസ്തുവിനെ കാണിച്ചു കൊടുക്കാനാണെന്നാണ് ഭഗവാൻ കണ്ണാടി പോലെ കണ്ണാടിയാണോ നമ്മൾ നോക്കണം നമ്മുടെ മുഖത്തിനെ കണ്ണാടി നോക്കണം അതുപോലെ നമ്മളുടെ തന്നെ സ്വരൂപത്തിനെ നമുക്ക് കാണിച്ചു ദൃഷ്ടിയെ അന്തർമുഖമാക്കാനായിട്ടാണ് ഭഗവാൻ മുമ്പിൽ ആവിർഭവിക്കുന്നത് പക്ഷെ ഉദ്ധവരെ എന്ത് ചെയ്തു ഭഗവാന്റെ രൂപത്തിനെ പിടിച്ചു ഭഗവാനെ എന്നെ ഉപേക്ഷിച്ചു അപ്പൊ പറഞ്ഞു ഉദ്ധവ ഈ കാണുന്നത് വെറും കള്ളം ഇത് ഉണ്മയല്ല വിധ്യമായ മനോമയം എത്ര അത്യത്ഭുത പ്രതിഭാസമായാലും ശരി മുമ്പിൽ വരണതൊക്കെ മറഞ്ഞു പോകും പുറത്തുള്ളതിന് ഒന്നിനെയും അതിരുകിടന്ന് ആശ്രയിക്കാൻ പറ്റും ചിലരൊക്കെ ഇപ്പൊ പറയും ഞങ്ങൾക്ക് തിരുവണ്ണാമലയ്ക്ക് പോവാൻ പറ്റിയില്ല ധാരാളം നിങ്ങളുടെ അടുത്തു നിന്ന് കേട്ടു പോകണമെന്ന് വേണ്ട പുറത്തുള്ളതിനെയൊക്കെ എവിടെ ആശ്രയിക്കുന്നു തിരുവണ്ണാമലയല്ല എല്ലാം മാറും ജഗത്തും മുഴുവൻ മാറും നമ്മളുടെ ശരീരം മാറും പരിണമിക്കും സകലതും പരിണമിക്കും തിരുവണ്ണാമല എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എന്റെ ഉള്ളിലുള്ള വസ്തുവിനെ അരുണാചലത്തിനെ കാണിച്ചു തരാനാണ് വെളിയിലുള്ള അരുണാചലം ഹൃദി അഹമിതി നിർത്യസി പോർഷി തന്നെ പറഞ്ഞു ഹൃദയത്തിൽ ഞാൻ ഞാൻ ഞാൻ എന്ന് അനുഭവപ്പെടുന്നത് എന്തോ അതാണ് ഉണ്മയായ അരുണാചലം പുറമേക്കുള്ള അരുണാചലത്തിനെ ഈ അകമേക്കുള്ള അരുണാചലത്തിനെ കാണാൻ വേണ്ടി മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ പ്രയോജനപ്പെടും അല്ലെങ്കിൽ എന്താവെന്ന് വെച്ചാൽ ഒന്നിൽ അവിടെ പോയി കുറച്ചു ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മനസ്സ് പ്രവർത്തിക്കും അല്ലെങ്കിൽ അവിടെ ആകെ പട കലിയിലൊന്നും പറയാമല്ലേ ഇപ്പൊ തന്നെ ഭയങ്കര തിരക്കായി കഴിഞ്ഞു അവിടെ അവിടെയൊക്കെ സ്വഭാവം മാറിപ്പോകും എന്തെങ്കിലുമൊക്കെ ആവും അപ്പൊ തീർത്ഥക്ഷേത്രങ്ങളോ ഇഷ്ടദേവതകളോ ഒക്കെ പുറമെ ഉള്ളത്തോളം കാലം എപ്പോ വേണമെങ്കിൽ അപകടം പറ്റാം എപ്പൊ വേണമെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ സംഭവിക്കാം അതുകൊണ്ട് ഭഗവാന്റെ ബാഹ്യരൂപത്തിന് ആശ്രയിച്ചുകൊണ്ട് അകമേക്ക് ചാടിക്കൊള്ളണം ഭഗവാൻ നമുക്ക് നഷ്ടപ്പെടാത്ത വിധത്തിൽ ഹൃദയത്തിൽ പിടിച്ചോളും ഇപ്പൊ ഉദ്ധവർക്ക് നൂറ് വർഷം അനുഭവിച്ചിട്ട് അവസാനം നഷ്ടപ്പെടാൻ പോണു ഇപ്പൊ ഉദ്ധവർ കരയാണ് കൃഷ്ണ എന്നെ ഉപേക്ഷിക്കാണോ ഉദ്ധവ തന്നെ എനിക്ക് ഉപേക്ഷിക്കാനൊക്കോ നൂറ് വർഷം എന്റെ കൂടെ വസിച്ചിട്ടിപ്പൊ ഇതാണോ പ്രയോജനം ഇനി പുറമേക്ക് നോക്കരുത് കണ്ണു അടയ്ക്കൂ അകമേക്ക് തിരിഞ്ഞു നോക്കൂ എന്തെന്ത് കാണപ്പെടുന്നു എന്തെന്ത് കേൾക്കപ്പെടുന്നു എന്തെന്ത് മണക്കപ്പെടുന്നു എന്തെന്ത് രൂചിക്കപ്പെടുന്നു ഇത് ശുദ്ധമേ അബദ്ധമാണ് ഇതൊക്കെ പരിണമിച്ച് മാറി പോകുന്നതാണ് യതിദം മനസാ വാചാ ചക്ഷുഭ്യാം ശ്രവണാതിഭി നശ്വരം ഗൃഹ്യമാണം വൈവിധ്യമായാ മനോമയം പുംസഹ അയുക്ത നാനാർത്ഥോ സഭ്രമഹ സഗുണദോഷഭാക് അത്യത്ഭുതമായ യുക്തിയാണ് ഇതൊക്കെ ഒരു പക്ഷെ നമ്മൾ വളരെ സെന്റിമെന്റൽ ആണെങ്കിൽ നമുക്ക് ഇതിനോടുക്ക് വേദന തോന്നും ഭഗവാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഭഗവാൻ പറയണു ഹേ ഉദ്ധവാ യോഗസ്ഥിതിയിലില്ലാത്ത പുരുഷൻ യോഗസ്ഥിതി എന്ന് വെച്ചാൽ മനസ്സിന്റെ വെറും നിശ്ചലതയല്ല ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിലുള്ള ദൃഢപ്രതിഷ്ഠയാണ് യോഗം ബോധത്തിനെ തെളിച്ച് അനുഭവിച്ചലാണ് യോഗം അഹങ്കാര ഉദയ അഭാവമാണ് യോഗം അഹങ്കാര ഉദയ അഭാവോ ബോധ്യ പരമാവധി എന്ന് ശങ്കരാചാര്യ സ്വാമികൾ വിവേക പറയുന്നുണ്ട് വാസന അണുദയ ഭോഗ്യ ഭഗവാൻ ഇപ്പൊ കൃപ ചെയ്ത് ഉദ്ധവനോട് പറയാണ് ഉദ്ധവനെ താങ്കൾ ഈ പ്രപഞ്ചം ഉണ്ടെന്നും ഇവിടെ നാനാ വസ്തുക്കൾ ഉണ്ടെന്നും സ്ത്രീകളാണെന്നും പുരുഷന്മാരാണെന്നും ഇവിടെ കാണുന്ന സ്ഥാനമാനങ്ങളും പുറമേക്ക് കാണുന്ന വസ്തുക്കളും ഒക്കെ ശാശ്വതമായി നിൽക്കുമെന്നും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് തെറ്റുപറ്റി ഭ്രമം പുറമേക്കുള്ള ഒന്നിനെയോ ആശ്രയിക്കുന്നത് ആശ്രയിക്കുന്നതൊക്കെ കൈവിട്ടു പോവും കഴിഞ്ഞ പറഞ്ഞു ഞാൻ ഒരു സിദ്ധൻ അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു സ്വാമി അദ്ദേഹം ഒരു സാധകനാണ് അദ്ദേഹത്തിനോട് ചെന്ന് ചോദിച്ചു എനിക്ക് ബ്രഹ്മചര്യം പാലിക്കണം എന്നുണ്ട് ഉത്തമ ബ്രഹ്മചാരി ആരാണ് എന്ന് ചോദിച്ചു അദ്ദേഹം എന്തെങ്കിലും കാര്യമായി പറഞ്ഞു കൊടുക്കുന്നു വിചാരിച്ചിട്ടാണ് ചോദിച്ചത് ഈ സിദ്ധൻ പറഞ്ഞു സംശയമെന്താ ബ്രഹ്മത്തിൽ ചാരിയിരിക്കുന്നവൻ ബ്രഹ്മചാരി അപ്പൊ ഞാൻ ഈ ചെയറൽ ബ്രഹ്മത്തിൽ ചാരിയിരിക്കുന്നവൻ ബ്രഹ്മചാരി എന്താ സ്വാമി കളിയാക്കാനോ അല്ലടവും ചാരിയിരിക്കുക എന്ന് വെച്ചാൽ എന്താ ഒരു സപ്പോർട്ട് അതല്ലേ ചാരിയിരിക്കല്ലേ എന്തിനെ ചാരിയിരുന്നാലും അതും വീഴും തന്നെയും വീഴ്ത്തിയിടും ലോകത്തുള്ള ഏത് വസ്തുവിൽ ചാരിയിരുന്നാലും താൻ ചാരുന്ന വസ്തുവും വീഴും ഇന്നല്ലെങ്കിൽ നാളെ തന്നെയും വീഴ്ത്തിയിടും അതുകൊണ്ട് വീഴാത്ത വസ്തു ഒന്നേ ഉള്ളൂ ബ്രഹ്മം അതിനെ ചാരിയിരിക്കാം അപ്പൊ താൻ ബ്രഹ്മചാരി ആവുന്നതാണ് സത്യത്തിനെ ഗ്രഹിക്കൽ ഭഗവാനെ ആശ്രയിക്കൽ ഭഗവാൻ ആശ്രയിക്കപ്പെടേണ്ട വസ്തുവും ലോകം വ്യവഹരിക്കപ്പെടേണ്ട വസ്തുവുമാണ് ഭഗവാനെ വ്യവഹരിച്ച് ലോകത്തിനെ ആശ്രയിച്ചാൽ കുഴപ്പം പറ്റും ലോകത്തിലുള്ള സകല പദാർത്ഥങ്ങളെയും വ്യവഹരിക്കണം നിത്യവസ്തുവിനെ ആശ്രയിക്കണം നിത്യവസ്തുവിനെ ആശ്രയിച്ച് അനിത്യദ്രവ്യങ്ങൾ കൊണ്ട് വ്യവഹരിക്കുക അനിത്യവസ്തുക്കളെ ആശ്രയിച്ച് നിത്യദ്രവ്യത്തിനെ വ്യവഹരിക്കാൻ കൊണ്ടുവന്ന കുഴപ്പമാണ് നിത്യവസ്തു ആശ്രയിക്കാനുള്ള ആശ്രയസ്ഥാനമാണ് അനിത്യവസ്തുക്കൾ വ്യവഹരിക്കാനുള്ളതാണ് അനിത്യ വസ്തുക്കൾ ആശ്രയിക്കാനും പറ്റില്ല നിത്യവസ്തുവിനെ വ്യവഹരിക്കാനും സാധ്യമേ അതുകൊണ്ട് ഭഗവാനെ സത്യത്തിന് പൂർണ്ണതയെ ആശ്രയിച്ചും അനിത്യമായ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതുകൊണ്ട് ലോകത്തിൽ വ്യവഹരിക്കൂ ഏഴാമത്തെ അധ്യായത്തിൽ ഗീതയിൽ ഭഗവാൻ ഇത് രണ്ടിനും ഭേദം കാണിച്ചു അപരാപ്രകൃതി പരാപ്രകൃതി അപരാപ്രകൃതി നമ്മളുടെ സ്വന്തമേ അല്ല ഭൂമി ആപഹ അനലഹ വായുഹു ഖം മനഹ അതായത് കാണുക കേൾക്കുക വണക്കുക രുചിക്കുക സ്പർശിക്കുക സങ്കൽപ്പിക്കുക വികൽപ്പിക്കുക അഹങ്കരിക്കുക ഇതൊക്കെ അപരാപ്രകൃതി ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ നമ്മളുടെ ഉള്ളിൽ ഒരു ചെറിയ സ്പാർക്ക് ഇപ്പൊ തോന്നുന്നുണ്ടല്ലോ അത് പരാപ്രകൃതി അത് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം ഈ അപരാപ്രകൃതിയിൽ നമുക്ക് സ്വാതന്ത്ര്യമേ ഇല്ല ഈ അപരാപ്രകൃതി വെച്ചുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞത് നടക്കാനുള്ളത് നടന്നേ നോക്കൂ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല മഴ പെയ്യത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വെയിൽ ചൂടുകൂടിയാൽ എന്ത് ചെയ്യാൻ പറ്റും അതേപോലെയാണ് ഈ ശരീരത്തിൽ വ്യാധി വരുന്നതും വാർദ്ധക്യം വരുന്നതും മരണം വരുന്നതും ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതിനെ ആശ്രയിച്ച് അപരാപ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടാണ് പ്രപഞ്ച ജീവിതം മുഴുവൻ അത് ഉമ്മയല്ല ഭഗവാൻ പറയണത് ഈ പരാപ്രകൃതി ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ നിന്നാൽ ഈ അപരാപ്രകൃതി എന്ന് പറയണത് മരുഭൂമിയിൽ ദൂരത്ത് നിന്ന് വെള്ളമുള്ള പോലെ കാണും ഓടിച്ചെന്ന് നോക്കുമ്പോ വെള്ളം ഉണ്ടാവില്ല ആ വെള്ളം കുടിച്ചിട്ട് ദാഹം തീരില്ല വെള്ളമുണ്ട് എന്ന് പറഞ്ഞ് ഓടും അതേപോലെ ശുദ്ധ സംവിസ്വരൂപമായ പരാപ്രകൃതിയില് വെറുതെ ഒരു ഭ്രമമാണ് ഈ അപരാപ്രകൃതി അത് മുമ്പിലൊക്കെ കാണും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ദാഹം തീരില്ല പക്ഷെ വ്യവഹരിക്കാം ദാഹം തീരില്ലുംസഹ അയുക്ത നാനാർത്ഥോ ഭ്രമ സ ഗുണദോഷഭാഗ അതിൽ നിന്നും ഗുണം ദോഷം എന്നുള്ള ചിന്തകളൊക്കെ പൊന്തി വരും അതുകൊണ്ട് ഉദ്ധവാം ഗുണദോഷദൃശിർദോഷ ഇനി പറയാൻ പോണു ഭഗവാൻ ഭഗവാനെ എന്താണ് ഗുണം എന്താണ് ദോഷം ചോദിച്ചു ഉദ്ധവന് ഭഗവാൻ പറഞ്ഞു ഇത് ഗുണം ഇത് ദോഷം എന്നുള്ള ദൃഷ്ടി ദോഷം ഇതില്ലാതിരിക്കുന്നത് ഗുണം എന്നാണ് ഗുണദോഷ ദൃശ്യദോഷ ഗുണസ്തു ഉഭയവർജിത ഇതൊക്കെ പരമാർത്ഥികമായ തലത്തിലാണ് കേട്ടോ നമുക്ക് ആന്തരിക അനുഭവത്തിന് വേണ്ടി ഇതിനെടുക്കണം വ്യവഹാരത്തിന് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ആന്തരിക അനുഭവത്തിന് വേണ്ടി എടുക്കണം നിങ്ങൾ കുറെ കേട്ടിട്ടുള്ളവരായതുകൊണ്ട് ധൈര്യമായിട്ട് ഇതൊക്കെ പറയുകയാണോ അബദ്ധത്തിൽ പ്രയോഗിക്കാനുള്ളതല്ല ഭഗവാനോട് പറഞ്ഞു ഉദ്ധവനെ അതുകൊണ്ട് പുറമേക്ക് മനസ്സ് വിടാതെ ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂതശരീരിണാം ആത്മാനുഭവ തുഷ്ടാത്മാം നന്തരായ വിഹന്യത്തെ ഉദ്ധവർ പറഞ്ഞു ഭഗവാനെ കട്ടുകട്ടിയായിട്ടുള്ള ഉപദേശം ഘനമായിട്ടുള്ള ഉപദേശം ഇതൊക്കെ എനിക്ക് പ്രായോഗികമാവോ ഞാനൊരു പരമലൗകികനായി ഇത്ര ജീവിച്ചു അവിടുന്ന് യതിധർമ്മത്തിനെ എനിക്ക് ഉപദേശിക്കണമല്ലോ എന്നെ കൊണ്ട് പറ്റുമോ യോഗേശ യോഗവിന്യാസ യോഗാത്മ യോഗ സംഭവാ നിശ്രേയസായമേ പ്രോക്ത ത്യാഗ സന്യാസലക്ഷണ സന്യാസലക്ഷണമായി ത്യാഗത്തിനെ ഉപദേശിച്ചു ഭഗവാനെ എനിക്ക് സാധ്യമാണോ ഇതൊക്കെ എന്നെ കൊണ്ട് പ്രായോഗികമാണോ അവിടുന്ന് എനിക്ക് ഉപദേശിച്ചു തരണം അവിടുന്ന് അല്ലാതെ വേറെ ആരും ഒരു ഗുരുവിനെ ഞാൻ കാണുന്നില്ല തസ്മാത് ബം അനവദ്യമനന്തപാരം സർവജ്ഞം ഈശ്വരം അകുണ്ഠ വികുണ്ഠധിഷ്യം നിർഭിന്നധീ അഹമുഹവ്രജിനാഭിതപ്തോ നാരായണം നരസഖം ശരണം പ്രപദ്ധ്യേ ശരണാഗതി ചെയ്തു ഉദ്ധവ ഇനി ഭഗവാൻ ബുദ്ധവർക്ക് ഉപദേശിച്ച് തുടങ്ങുന്ന ആനന്ദസമുദ്രം ഈ ഉപദേശത്തിന് ശ്രീശുഖബ്രഹ്മമഹർഷി കൊടുത്ത പേരതാണ് എത്തത് ആനന്ദ സമുദ്ര സംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം കൃഷ്ണേന യോഗേശ്വര സേവിതാഘൃണ സശ്രദ്ധയാ ജഗദ് വിമുച്യത്തെ പാർത്ഥായ പ്രതിബോധിതാം എന്ന് ഗീത ഇവിടെ ഭാഗവതായ ഭാഷിതം മധുരമായ വാക്ക് പാർത്ഥന് പറഞ്ഞു എന്ന് പറഞ്ഞു ഇവിടെ ഭാഗവതായ ഭാഷിതം ജ്ഞാനാമൃതം ജ്ഞാനമാകുന്ന അമൃതം ആനന്ദ സമുദ്രം എന്നൊക്കെ അതിന് പേര് ഭഗ ശ്രീശുഖബ്രഹ്മ മഹർഷി കൊടുത്തു നാളെ തുടർന്ന് ഈ ഉപദേശം കാണാം നാളെ രാവിലെ യോഗവാസിഷ്ട സാരം സ്വാമി സുരേഷാനന്ദ സുരേഷാനന്ദ തെരഞ്ഞെടുത്തിട്ടുള്ള ശ്ലോകം യോഗവാസിഷ്ടത്തിൽ നിന്നും ആ പുസ്തകത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് രാവിലെ ഏഴുമണി മുതൽ എട്ട് മണിവരെ വാസിഷ്ഠസാരം പ്രഭാഷണം ഉണ്ടാവും രാവിലെ കാണാം സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോപാംഗണരിലോല പരമായാസം മായാക്കതാകാരമം പ്രണമത ോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം മൃത്സ്മത്സിഹേതിയശോധാടനശൈശവ ധി വക്ാലോകലോകോക്കുർദലോകാ ലോക ത്രയപുരമൂലസ്തംഭം ലോകോകമോക്കം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദം ത്രൈവിഷ്ട്രപുവീരഘ്നം കിതിഭാരഘ്നം ഭരോകഘ്നം കൈവല്യം നവനീതാഹാരം ഭുവനം വൈമലയസ്ഫുടേവൃത്തിവിശേഷാഭാസമല ശാം പ്രണമോവിം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം പരമാനന്ദം ഗോവിന്ദ പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ഗോപാളം ഭൂലീലാ വിഗ്രഹ ഗോപാളം കുലഗോപാളം ഗോപീന ഗോവർധനധൃതലീലാളിതോ ഗോഭിന് നിഗദിത ഗോവിന്ദസ്ഫുടനമാനം ബഹുനാമാനം ോധീഗോചരൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം സർവേദാത്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരു പ്രണസോസ്മ്യം സേ പി സുഖിന് സന്ധു സന്തു നിരാമയാേ ഭദ്രാണി പശ്യൻ മാ കിത് ദുഃഖഭവുയോ മതി ത്വമ തോന്നും മമ കച്ചിദസ്തിയേട്ടം കൂരുമാം തഥൈ ത്മനം